ോഹിത ാണ് പറയുന്നത് അദ്വൈതമാണ് പരമാർത്ഥം അദ്വൈതം സത്യമാണ് ആത്മാവ് മാത്രമേ ഉള്ളൂ മറ്റുള്ളതെല്ലാം കല്പിതമാണ് ഇതെല്ലാം പറഞ്ഞു ആത്മീകേദി നിശ്ചിത ഒന്ന് മാത്രമേ സത്യമായിട്ടുള്ളൂ എങ്കിൽ സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ് കഥം പ്രാണാതി അനന്തമായ പ്രപഞ്ചഭാവങ്ങൾ തുടങ്ങി അതിസൂക്ഷ്മമായ പ്രാണശക്തിയിൽ നിന്ന് തുടങ്ങി അതിസ്ഥൂലമായിരിക്കുന്ന ഈ ഭൂലോകം മറ്റ് ലോകങ്ങൾ അതാണ് അനന്ത ഭാവങ്ങൾ സംസാരലക്ഷണി ഇതിനാണ് സംസാരം എന്ന് പറയുന്നത് പ്രാണന് തുടങ്ങി സമ്പൂർണ്ണ പ്രപഞ്ചത്തിനും വ്യാപിച്ചിരിക്കുകയാണ് വികല്പിതം ഈ വികല്പങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു അദ്വൈതത്തിൽ എങ്ങനെ വികല്പ സംഭവിക്കുന്നു അദ്വൈതത്തിൽ എങ്ങനെ സംഭവിക്കുന്നു സമാധാനം പറയുന്നു സമാധാനമേ ഉള്ളൂ തസ്യാത്മനോസ്യ ഇതെല്ലാം ആ ദേവന്റെ മായയാണ് എന്നെ പറയാനുള്ളൂ മായ എന്ന് പറഞ്ഞെങ്ങനെ മനസ്സിലാക്കും മയെന്ന് പറയുന്നത് എന്ത് വിശേഷമാണ് അതിനങ്ങനെ ഈ അനന്ത കല്പനകൾ സാധ്യമാകുന്നു അത് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കും അതിനുവേണ്ടി പറയുന്നു യഥാ മായാവിനാ ഭീത മായ ഗഗനം അതിമിമലം തന്റെ കയ്യിൽ നിന്ന് പ്രത്യേകിച്ചൊന്നുമില്ലാതെ തന്നെ കാഴ്ചക്കാർക്ക് തന്റെ മുമ്പിൽ പുഷ്പങ്ങളും ഫലങ്ങളും ഉള്ള ഒരു വൃക്ഷത്തെ വലിയൊരു വൃക്ഷത്തെ കാണിച്ചു കൊടുക്കും ഇന്ദ്രജാലക്കാരനു കഴിയും അതാണ് ഇന്ദ്രജാലം ഹിതമായ അതെന്താണ് ആ ഇന്ദ്രജാലക്കാരന്റെ ഇന്ദ്രജാലമാണ് അതിനാണ് മായ എന്നിവിടെ പറയുന്നത് അത് സാധ്യമാണോ അതിവിപുലം ഗഗനം ആകാശം അതിന് അവിടെ ഒന്നും തുറന്ന സ്ഥലത്താണ് മരങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് കുസുമിതീ സഫലപലാശയി തളരും ഫലങ്ങളും ഉള്ള അനേക വൃക്ഷങ്ങൾ കൊണ്ട് നിറഞ്ഞതായി കാണിക്കുന്നതിന് കഴിയുന്നു ഇന്ദ്രജാലക്കാരനതിന് കഴിയും ആ കീരണം അപ്പോ വിജനമായ ഒരു സ്ഥലം വൃക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞതായി ഇന്ദ്രചാലക്കാരൻ കാണിക്കുന്നു കണ്ടുകൊണ്ട് നിൽക്കുന്നവരത് കണ്ട് ആശ്ചര്യപ്പെടും ഇതെങ്ങനെ സംഭവിക്കുന്നു പക്ഷെ ഒന്നും ഇവിടെ സംഭവിക്കുന്നുണ്ടതയുമബി ദേവസ്യ മായ അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഈ മായ അത് അയം സ്വയം ഇവ മോഹിതാ ഭവതി ഇവിടെ അവിടെ ഇന്ദ്രജാലക്കാരൻ തന്റെ ഇന്ദ്രജാലം കൊണ്ട് ഇന്ദ്രജാലം കാണുന്നവരെ മോഹിപ്പിക്കുകയാണ് സ്വയം ഇന്ദ്രജാലക്കാരൻ ഇതിലൊന്നും മോഹിക്കുന്നു അയാൾക്ക് ഇതിന്റെ രഹസ്യമാണ് അതുകൊണ്ട് അയാൾ മോഹിക്കാതെ തന്നെ നിൽക്കുന്നു പക്ഷെ കാണുന്നവർ അതിശയിക്കുന്നു അതുപോലെ ഇവിടെയും ഈ ദേവൻ ഈ തുര്യൻ ഈ ആത്മാവൻ സ്വയം മോഹിതനാകാതെ തന്നെ മോഹിതനാകുന്നു സ്വയമിമോഹിത മോഹിതൻ വാസ്തവത്തിൽ മുഖം സംഭവിക്കുന്നില്ല ഇന്ദ്രജാലക്കാരിൽ വാസ്തവത്തിൽ മുഖം സംഭവിക്കുന്നില്ല എന്നാൽ മോഹിതനായതുപോലെ സംഭവിക്കുന്നു ഇവിടെ എങ്ങനെയാണ് അത് മോഹിതനായതുപോലെ സംഭവിക്കുകയും മോഹിതനാകാതിരിക്കുകയും ചെയ്യുന്നത് ആരാണോ ഈ കൽപ്പന ചെയ്യുന്നവൻ ഇന്ദ്രജാലക്കാരൻ ആ ശക്തിയെ സ്വായത്തമാക്കി ആ ശക്തിയെ പ്രയോഗിക്കുമ്പോൾ അയാൾക്കറിയാം ഇതിന്റെ രഹസ്യം പക്ഷെ അതിന്റെ ഭാഗമായി തീരുന്നു ആ ഇന്ദ്രജാലത്തിന്റെ ഭാഗമായി തീരുന്നു കാഴ്ചക്കാരല്ല അവർ മോഹിച്ചു അതുപോലെ ഈ ദേവൻ തന്റെ ഇന്ദ്രജാലം ആണ് ഈ കൽപ്പന ഈ കൽപ്പന കൊണ്ട് സ്വയം മോഹിക്കാതെ തന്നെ മോഹിതനായിത്തീരുന്നു എന്ന് പറയുമ്പോ അങ്ങനെ സംഭവിക്കും മോഹിക്കാതെ മോഹിതനാകുക എന്ന് പറയുമ്പോൾ അവിടെ വൈരുദ്ധ്യമുള്ളത് പോലെ വൈരുദ്ധ്യമില്ലാതെ തന്നെയാണ് സംഭവിക്കുന്നത് അതാണ് മുമ്പ് പറഞ്ഞത് എന്താണ് ജീവൻ കൽപ്പയ്യതെ പൂർവം ഈ ഇന്ദ്രജാലക്കാരൻ ആയിരിക്കുന്ന തുര്യൻ സ്വയം മോഹിതനാകാതെ തന്നെ തന്റെ ഇന്ദ്രജാലം കൊണ്ട് ഒരു ജീവനെ കൽപ്പിക്കുന്നു ആ ജീവൻ ഈ മായ്ക്കധീനായി പോകുന്നു അവൻ മോഹിതനാകുന്നു അതാണ് മോഹിതനാകാതെ മോഹിതനാകുന്നു എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ ഇന്ദ്രജാലത്തിന്റെ ഉടമസ്ഥർ ഒരിക്കലും മോഹിതനാകുന്നില്ല മോഹിതനാകാതെ തന്നെ നിൽക്കുന്നു എന്നാൽ അവിടെ മറ്റൊന്ന് സംഭവിക്കുന്നതാണ് ജീവഭാവം ജീവത്വം അതവിടെ സംഭവിക്കുന്നു ഈ ഇന്ദ്രജാലത്തിന്റെ ഭാഗമായി ആ ജീവഭാവത്തിൽ നിന്നുകൊണ്ട് മോഹിതനാകുന്നു തന്റെ പരമാർത്ഥ സ്വരൂപത്തിൽ ഇതിനെല്ലാം അതീതനായി മോഹിതനാകാതെ തന്നെ നിൽക്കുന്നു അടുത്തപോലെ ഇത്യേഷ പരമാർത്ഥത പരമാർത്ഥതയിൽ ഇവിടെ മോഹമില്ല ലോകത്തിൽ അങ്ങനെ തന്നെ ഇന്ദ്രചാരക്കാരൻ മോഹിതനാകുന്നില്ല കാഴ്ചക്കാർ മോഹിതനാകുന്നു അപ്പൊ ആ കാഴ്ചക്കാരുടെ സ്ഥാനത്ത് വരുന്നു ജീവൻ അതാ കല്പനയുടെ ഭാഗമാണ് അവന് മോഹം വരുന്നു അവൻ മോഹം വരുന്നു പിന്നെ ആ മോഹത്തിനെ അകറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു അവൻ സ്വയം ധരിക്കുന്നു താൻ ബദ്ധനാണ് എന്ന് കരുതുന്നു തന്റെ ബന്ധനത്തിൽ ഒന്ന് മോചിക്കാൻ ശ്രമിക്കുന്നു അവൻ മുക്തനാകുന്നു ഇതെല്ലാം ഈ മോഹിതനായ ജീവന്റെ ഭാവങ്ങളാണ് പരമാർത്ഥത്തിൽ അവൻ മോഹിതനാകാതെ തന്നെയിരിക്കുന്നു അതാണ് സ്വയമഭി എന്ന് പറഞ്ഞത് ഇന്ദ്രജാലത്തെ ഈ ദേവൻ സ്വയം തന്നെ ഉണ്ടാക്കിയ പക്ഷെ ഉണ്ടാക്കി ആ ജീവഭാവത്തിലേക്ക് വന്ന് ജീവഭാവത്തിൽ നിന്ന് മോഹിക്കുമ്പോൾ അതിനാണ് സ്വരൂപ വിസ്മൃതി എന്നല്ല സംഭവിക്കുന്നത് ജീവന്റെ ഇതാണ് സ്വരൂപവിസ്മൃതി സ്വരൂപത്തിൻ്റെതാണ് അത് ബോധ്യപ്പെടുമ്പോ ഈ മായാമോഹങ്ങളെല്ലാം ജീവനിലാണ് തന്റെ സ്വരൂപത്തിലില്ല എന്ന് ബോധ്യപ്പെടുന്നതാണ് സത്യബോധം അതാണ് അത് ബോധ്യപ്പെടാതിരിക്കെ അത് ബോധ്യപ്പെടാതെ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും എല്ലാ അഭ്യാസങ്ങളും ജീവന്റെ അതമില്ലാതെ പോയിക്കൊണ്ടേയിരിക്കും അതിനൊരിക്കലും അവസാനം വരത്തില്ല കാരണം അത് മായിക്കകത്ത് നടക്കുന്ന സംഭവങ്ങളാണ് കത്ത് നിന്നുകൊണ്ട് മായയിൽ നിന്ന് മോചിതനാകാതെ മായയിൽ നിന്ന് സ്വതന്ത്രമാകാനുള്ള ശ്രമങ്ങളൊന്നും ഒരിക്കലും അവസാനിക്കത്തില്ല അതാണ് ഇനി അടുത്ത് പറയുന്നത് അനന്തമായി തളർന്നുകൊണ്ടേയിരിക്കുന്നു ആരാണോ ആ മായയിൽ നിന്ന് സ്വതന്ത്രനാകുന്നത് എങ്ങനെ ഈ മായയും വിഭ്രമെല്ലാം ഈ ജീവഭാവത്തിനാണോ തുരിയനിതില്ല എന്ന് ബോധിക്കുന്നത് അവന് ബോധ്യപ്പെടുന്ന കാര്യം ഇനി പറയും അവൻ ബന്ധമോക്ഷങ്ങൾക്ക് അധീനനാണെന്ന് സ്വയം ബോധ്യപ്പെടുന്നു മറിച്ചാണെങ്കിലോ ജീവഭാവത്ത് നിന്നുകൊണ്ട് ആ ജീവഭാവത്തെ വിടാതെ ആ മായയ്ക്ക് അധീനനായി നിന്നുകൊണ്ട് പരമാർത്ഥത്തെ ബോധിക്കാതെ ഈ മായയെ മോചിക്കാൻ ശ്രമിക്കുന്നവനെ കുറിച്ചാണ് പറഞ്ഞത് മമ മായ ദുരത്യ ഇതിയുക്തം ആ മായയ്ക്ക് അധീനനായി പോയവന് അവന്റെ നിലയിൽ നിന്നുകൊണ്ട് ഈ മായയെ കടക്കാൻ സാധ്യമല്ല ദുരത്യ അവിടെയും പറയുന്നുണ്ട് എന്താണ് എന്നെ തന്നെ ആരാണോ പ്രാപിക്കുന്നത് എന്നുവെച്ചാൽ ഈ മായ അതീതനായിരിക്കുന്ന ആ പരമാത്മതത്തെ ഗ്രഹിക്കുന്ന അവൻ ഈ മായയെ അതിക്രമിക്കും അല്ലാതെ ഈ മായയിൽ നിന്നുകൊണ്ട് ഒരു കുരുക്കിനകത്ത് കിടന്നുകൊണ്ട് ആ കുരുക്കിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുന്നതുപോലെയാണ് അതൊരിക്കലും സാധ്യമല്ല അതിൽ നിന്ന് മോചിക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ മായയുടെ സ്വഭാവം അതിന്റെ രണ്ട് ഭാവത്തെയും ഈ ശ്ലോകത്തിൽ കാണിക്കണം ഒന്നൊരുവൻ ആരാണ് മായയിൽപ്പെട്ടിരിക്കുന്നത് ആരാണ് ഈ മായിൽ നിന്ന് മോചനത്തിന് ശ്രമിക്കുന്നത് അത് വ്യക്തമായി ധരിക്കുന്ന ഒരു ഭാഗം അത് ധരിക്കാതെ ഈ മായിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്ന വേറൊരു ഭാഗം അപ്പം ഇത് രണ്ടും തമ്മിലുള്ള അന്തരം വളരെ സൂക്ഷ്മവും വളരെ തുച്ഛവും നിസ്സാരവുമാണ് പക്ഷെ ഈ മായിൽ പെട്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വൈഷമ്യമുള്ളതായി അനുഭവപ്പെടും മായിൽ നിന്നുള്ള മോചനം വളരെ സങ്കീർണവും വൈഷമ്യവുമായി അനുഭവപ്പെടുന്നു ഇപ്പോൾ അവൻ ജീവഭാവത്തിൽ നിന്നുകൊണ്ട് പരമാർത്ഥത്തെ ഗ്രഹിക്കാതെ ഇതിൽ നിന്ന് മോചനത്തിന് വേണ്ടി ശ്രമിച്ചാലത് വളരെ വൈഷമ്യമേറിയതാണ് മറിച്ച് ആ ജീവഭാവത്തെ വെടിഞ്ഞ പരമാർത്ഥ സ്വരൂപത്തെ ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ശ്രമങ്ങളെല്ലാം അവസാനിച്ചു അതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് രണ്ട് ഭാവത്തെ മമമായ തിക്തം എന്ന് ഭഗവത്ഗീതയില് ഭഗവാനും പോലെ മായയ്ക്ക് അധീനനായിരിക്കുന്നവനോട് പറയുകയാണ് അപ്പൊ പരമാർത്ഥത്തെ ബോധിക്കുക അതിനുവേണ്ടിയാണ് ഈ കാര്യം പറഞ്ഞത് അനന്ത ഭാവേ കല് അന്വേഷിക്കുന്നേ മോക്ഷത്തിനു വേണ്ടി പരിശ്രമിക്കുന്നവർ സത്യം എന്താണെന്ന് അറിയാഗ്രഹിക്കുന്നവര് അവരെ കുറിച്ചാണ് പറയുന്നത് ഓരോരുത്തരും അവരവരുടെ കല്പനകളനുസരിച്ച് പലതിനേയും തത്വമായിട്ട് മനസ്സിലാക്കുന്നു ഇതാണ് വാസ്തവം എന്നറിഞ്ഞ് അതിനെ പ്രാപിക്കാൻ ശ്രമിക്കുന്നു ഏതെല്ലാം തരത്തിൽ മനുഷ്യൻ ചിന്തിക്കുന്നു ആ കാര്യങ്ങളെല്ലാം ഇവിടെ പറയുകയാണ് തൊട്ട് നുമ്പു വരെ പറഞ്ഞത് പരമാർത്ഥമാണ് എന്താണോ ഇത് ദേവന്റെ മായയാണോ ആ ദേവനാരാണ് താൻ തന്നെയാണ് വേറെ അനിയനായിട്ട് ദേവനൊന്നുമില്ല താനെന്ന് പറയുമ്പോൾ തന്റെ ജീവഭാവത്തെ വിട്ട പരമാർത്ഥസ്വരും താൻ തന്നെയാണ് ഇത് കല്പിച്ച് താൻ തന്നെയാണ് ഈ സംസാരത്തിൽപ്പെട്ടിരിക്കുന്നത് താൻ തന്നെ തന്നിൽ കൽപ്പിച്ച ജീവഭാവമാണ് ഈ സംസാരത്തിൽപ്പെട്ടിരിക്കുന്നത് അതാണ് മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുന്നത് അത് പറയുന്നതിനുവേണ്ടി ഇതിന്റെ പരമാർത്ഥം തന്നിൽ തന്നെയാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ഈ പരമാർത്ഥത്തെ മനസ്സിലാക്കാതെ തത്വം മറ്റ് പലതുമാണ് ധരിക്കുന്നവരുണ്ട് എന്താണ് പ്രാണിതി പ്രാണവിധ വളരെ സൂക്ഷ്മമായി ചിന്തിക്കുന്നവർ അതനുസരിച്ച് സംസാരമോചനത്തിന് ശ്രമിക്കുന്നവർ പ്രാണവിത്തുക്കൾ പ്രാണന് പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരാണോ യോഗികളിൽ ഒരു വിഭാഗം യോഗാഭ്യാസം ചെയ്യുന്നവർ അവർ കരുതുന്ന എന്താണോ ആധാരമായിരിക്കുന്നത് ാണനെ സ്വാധീനിക്കുക അഭ്യാസത്തിലൂടെ പ്രാണനെ ജയിക്കുക പ്രാണൻ തന്നെ പരമാർത്ഥം അങ്ങനെ കരുതുന്ന യോഗികളുണ്ട് അങ്ങനെ ചിലര് കരുതി പ്രാണനെ ഉപാസിക്കുന്നു പ്രാണനെ കൊണ്ട് പല ചെയ്യുന്നു അങ്ങനെ പരമാർത്ഥത്തെ പ്രാണനായി ഗ്രഹിച്ചുകൊണ്ട് പരമതത്വത്തെ തന്നെ അവർ ഗ്രഹിക്കുന്നു പ്രാണനായിട്ട് അങ്ങനെ ഗ്രഹിച്ചുകൊണ്ട് പലതരത്തിലുള്ള യോഗാഭ്യാസങ്ങളെല്ലാം ചെയ്ത് മോക്ഷത്തിനുവേണ്ടി ശ്രമിക്കുന്നു അവർ പറയുന്നു ഒരു പ്രാണശക്തി ഉണ്ട് അതിങ്ങനെ ഒളിഞ്ഞുകിടക്കിയ ശരീരത്തിൽ ആ ശക്തിയെ ഉണർത്തണം ആ പ്രാണശക്തിയെ കൊണ്ട് മോചനം നേടണമെന്നെല്ലാം പറയുന്നു അതൊരു കൂട്ടം ഇത് രണ്ടു തരത്തിൽ പറയും ഇതിന്റെ താൽപര്യം രണ്ടു തരത്തിലാണ് ഇശ്രീ തത്വത്തെ ബോധിപ്പിക്കുന്നത് പ്രത്യക്ഷമായി പരസ്പര വിരുദ്ധമെന്ന് തോന്നുന്ന രണ്ട് രീതിയിൽ ഒന്ന് പറയുന്ന എന്താണ് നേതി നേതി അങ്ങനെ ബോധിക്കാം അറിയപ്പെടുന്ന എല്ലാത്തിനെയും നിഷേധിച്ചുകൊണ്ട് പരമാർത്ഥത്തെ ബോധിക്കുക അതൊന്നും മറ്റൊന്നും ഒന്നിനെയും നിഷേധിക്കാതെ സർവ മുഖൽ ആത്മീയവേദം സർവം ഭാഷകാരൻ പലപ്പോഴും പറയാറുണ്ടത് ഒന്നിനും നിഷേധിക്കുന്നില്ല എല്ലാ അത് തന്നെ പരമാർത്ഥത്തെ മനസ്സിലാക്കി മനസ്സിലാക്കുന്നതിന് ഈ രണ്ടു മാർഗവും സ്വീകരിക്കാം ഒന്നുകിൽ ഇതിനെല്ലാം നിഷേധിക്കുക അങ്ങനെ നിഷേധിക്കുന്ന രീതി ചിന്തിക്കുന്നിടത്താണ് നിഖ്യാത് അതിന് പ്രാധാന്യം വരുന്നത് നേരി നേരി എന്തുകൊണ്ട് ഇതൊന്നും സത്യമല്ല അതുകൊണ്ട് നിഷേധിക്കുന്നു പരമാർത്ഥമല്ലാത്തതിന് എന്തിനു സ്വീകരിക്കണം അവൻ സത്യത്തെയാണ് അന്വേഷിക്കുന്നത് സത്യത്തെ അന്വേഷിക്കുമ്പോൾ അവന്റെ മുമ്പിൽ അനുഭവപ്പെടുന്ന ഇതിനൊന്നും സത്യമായി സ്വീകരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് എല്ലാത്തിനെയും നിഷേധിക്കുന്നു എത്തിച്ചേരുന്നവരുടെ തന്നെ നിഷേധത്തിലൂടെ ആയാലും ശരി ആത്മീയ വേദം സർവം ഒന്നിനെയും നിഷേധിക്കാതെ സർവവും ആത്മാവ് തന്നെ എന്ന് പറഞ്ഞാലും അവിടെ ബോധിപ്പിക്കുന്നത് ഈശ്വര തത്വത്തെ തന്നെ ഇത് രണ്ടു ശ്രുതിയുടെ മാർഗമാണ് ഇവിടെ പറയുന്ന കാര്യങ്ങളും രണ്ടു രീതിയിലും ഗ്രഹിക്കാം പ്രാണോപാസനയെ കുറിച്ച് തന്നെ പറയുന്നുണ്ട് ആ പ്രാണനെ പരമാത്മാവായി കണ്ടു വാസിക്കുകയാണ് അവിടെ ദോഷവും പ്രാണൻ തന്റെ സ്വരൂപം ആയിക്കണ്ടാണെങ്കിൽ ദോഷവും എന്തുകൊണ്ട് അടുത്ത് പറയും ഇതെല്ലാം അതിൽ കൽപ്പിതമാണ് ഇതിലൂടെ എല്ലാം അറിയുന്ന തന്നെ ഇതിലൂടെ എല്ലാം പ്രകാശിക്കുന്ന അതുതന്നെയാണ് ഇതെല്ലാം ആ പരമാത്മാവ് തന്നെയെന്ന് കാണുകയാണെങ്കിൽ അവിടെ ദോഷം മറിച്ചാണെങ്കിൽ ഇതിൽ നിന്ന് അന്യമായ ഒരു തന്റെ സ്വരൂപത്തിൽ നിന്ന് അന്യമായ ഒരു പ്രാണൻ അതിനാണ് ഉപാസിക്കുന്നതെങ്കിൽ നമ്മൾ ദോഷം ചെയ്യും ഇവിടെ നിഷേധിക്കുന്ന നേതി നേതി എന്നുള്ള രീതിയിലാണ് ഇവിടെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ പ്രധാനമായി പറയുന്നത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് ആധ്യാത്മികമായ കാര്യങ്ങൾ പറയുമ്പോൾ വേണ്ടാത്തതെന്തിനു പറയുന്നു ആവശ്യമുള്ളത് പറഞ്ഞപ്പോലെ ഇവിടെ പലപ്പോഴും വേണ്ടാത്തതാണ് കൂടുതലും പറയുന്നത് എന്തുകൊണ്ട് മനുഷ്യന്റെ ചിന്തയും അവന്റെ പ്രവൃത്തി എല്ലാം കൂടുതലും വേണ്ടാത്തതിനാണ് ജീവന്മാരവിടെയാണ് പ്രവർത്തിക്കുന്നത് അപ്പം അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി വേണ്ടാത്തതിനെ കുറിച്ച് വിസ്തരിച്ച് പറയും താൻ ചെയ്യുന്നത് വേണ്ടാത്തതാണെന്ന് അവനെ ബോധ്യപ്പെടുത്ത അല്ലെങ്കിൽ ആ സത്യം മാത്രം പറഞ്ഞാൽ മതി സത്വമസി അത് മാത്രം മതി മയമാത്മാ ബ്രഹ്മ ഇത് മാത്രം പറഞ്ഞാ മതി പക്ഷെ ഇവിടെ വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ പറയുകയാണ് പ്രാണോപാസകന്മാരുണ്ട് അവര് ചെയ്യുന്നത് ശരിയല്ല പറയുന്നു നീ ചെയ്യുന്നത് ശരിയല്ല മറ്റവൻ ചെയ്യുന്നത് ശരിയല്ല ഇങ്ങനെ പറയുന്ന ഒരു രീതിയുണ്ട് അത് പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും താൻ ചെയ്യുന്നത് ശരിയാണെന്ന് ഒരുത്തലും ധരിച്ച് ആ വഴിക്ക് തന്നെ തീരും അവന്റെ സംസാരം അനന്തമായി പോകും സത്യത്തെ ബോധിക്കാതെ പറഞ്ഞല്ലോ ജീവഭാവത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അവിടെ ഇരുന്ന് ചെയ്യുന്ന ഈ സാധനങ്ങൾക്ക് അവസാനം അനന്തമായ സംസാരത്തിൽ അവനൊരിക്കലും സത്യത്തെ സാക്ഷാത്കരിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് പറയാണ് ഈ പ്രാണോപാസകന്മാരുടെ ഈ പ്രാണൻ എന്നുള്ള ഈ പോക്ക് അത് ശരിയല്ല ഭൂതാനീതി തദ്വിധ ഭൂതങ്ങൾ ഉപാസിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന അങ്ങനെയൊക്കെയുള്ള പല ചിന്തകന്മാരും പണ്ടുകൊണ്ടായിരുന്നു ഇന്നുകൊണ്ട് അതാണ് പരമാർത്ഥം എന്ന് കരുതി ഉപാസിക്കുന്നവരുണ്ട് പ്രാണോപാസന എന്ന് പറയുമ്പോൾ ഹിരണീഗർഭ ഉപാസന വരെയുള്ള എല്ലാം വരും അതും യോഗികളിൽ ചിലരാണ് ഭൂത ഉപാസനകളും അങ്ങനെയല്ല തന്മാത്ര ധ്യാനം വരെ യോഗത്തിനും മറ്റും പറയുന്ന എല്ലാം ഭൂതോപാസനകളാണ് അതിനെ തന്നെ ചാർവാകന്മാരും മറ്റും വേറെ തരത്തിൽ ഉപാസിക്കുന്നു അവർ പറയുന്ന ഈ ഭൂതങ്ങൾക്കപ്പുറം ഒന്നുമില്ല ഈ കാണുന്നതേ ഇവിടെ ജീവിക്കുക ഇതൊക്കെ അനുഭവിക്കുക പ്പുറം ഒന്നും ചെയ്യാനുണ്ട ഇത് തന്നെ മോക്ഷം വിഷയാനുഭവങ്ങൾ തന്നെയാണ് മോക്ഷം എന്തുകൊണ്ടവർ പറയുന്നു വിഷയങ്ങളെ അനുഭവിക്കുമ്പോൾ സുഖം കിട്ടുന്നുണ്ടെങ്കിൽ അത് മോക്ഷം ദുഃഖമാണെങ്കിൽ അത് ബന്ധനം അപ്പോൾ ആ ദുഃഖത്തെ കളഞ്ഞിട്ട് സുഖത്തെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുക അതിനുവേണ്ടി എന്തും ചെയ്യാം എന്തു ചെയ്തായാലും സുഖിക്കുക ഭൂതോപാസകന്മാര് അങ്ങനെ പറയുന്നു ഗുണായി ഗുണവിധ ഗുണമാണ് പരമാർത്ഥം സത്വരതമ ഗുണങ്ങളെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗുണങ്ങളോ സാഖ്യന്മാർ പറയുന്നത് പോലെയോ മറ്റേതെങ്കിലും തരത്തിലോ ഗുണങ്ങളോ ഉപാസിക്കുക സാധാരണ ലൗകി മനുഷ്യരും എന്താണ് സദ്ഗുണങ്ങളൊക്കെ ആർജിച്ചാൽ മതി സദ്ഗുണങ്ങളോടുകൂടി ജീവിച്ചാൽ മതി അത് അത് പരമാർത്ഥം അങ്ങനെയും കരുതുന്നവരുണ്ട് സാങ്കന്മാർ കുറച്ചുകൂടി ശാസ്ത്രീയമായി ഗുണങ്ങളെ ചിന്തിച്ചിട്ട് ഗുണങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ച് അതിന്റെ തത്വം ഉപാസിക്കുന്നു ഇതൊന്നും പരമാർത്ഥമില്ല അവിടെയല്ല എന്ത് സംഭവിക്കുന്നു സ്വരൂപ വിസ്മൃതി സംഭവിക്കുന്നു തന്നിലാണ് പരമാർത്ഥം എന്നുള്ള അങ്ങനെ മറന്നു വരുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ ഭൂരിപക്ഷവും ജിജ്ഞാസുക്കളും ഇത്തരം ഉപാസനകളിലാണ് മുഴുകിയിരിക്കുന്നത് ആത്മനിഷ്ഠയിലല്ല അവർക്ക് ശ്രദ്ധ ഇത്തരം കാര്യങ്ങളും തത്വാനീതിവിത തത്വങ്ങൾ ഉപാസിക്കുന്നവരുണ്ട് പല തത്വങ്ങളെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ പറയുന്നുണ്ട് ശൈവന്മാരും മറ്റും ചില തത്വങ്ങളെ ആത്മാവ് വിദ്യ ശിവാനന്ദനം പറയുന്ന തത്വങ്ങൾ അത് ശൈവന്മാർക്ക് വേണ്ടി മാത്രമാണ് പലതരത്തിലുള്ള തത്വങ്ങൾ ഉപാസിക്കുന്നവരുണ്ട് ചില തത്വങ്ങളെ ജീവിതത്തിൽ തത്വങ്ങളെന്ന് പറയുമ്പോൾ ആശയങ്ങളുമാകാം ചില ആശയങ്ങളെ ജീവിതത്തിൽ മുറിവ പിടിച്ചുകൊണ്ട് അതിനുവേണ്ടി മരിക്കുന്നവർ അതിനുപാസിക്കുന്നവർ ജീവിക്കുന്നതും മരിക്കുന്നതിനും അതിനുവേണ്ടി തന്നെ അതുതന്നെ മോക്ഷം ആരെങ്കിലും കൊന്നുകഴിഞ്ഞാൽ മോശം കിട്ടുമെന്നൊരു ആശയം അവന്റെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അതൊരു തത്വമായി തീർന്നു കഴിഞ്ഞാൽ അവൻ കൊന്നിട്ട് മോശം നേടാൻ നോക്കും ണ്ടല്ലോ അങ്ങനെയുള്ളവരുണ്ട് താൻ സ്വീകരിച്ചിരിക്കുന്ന തത്വങ്ങളാണ് വലത് എന്ന് പറഞ്ഞ് അതിനെ ഉപാസിക്കുന്നവര് അത് പലപ്പോഴും ഭ്രാന്തമായ ആശയങ്ങളായിരിക്കും എന്നാലും അതിനെ ഉപാസിക്കുകയാണ് അവർ അത് ജീവിതത്തിൽ സർവസ്വമായി കരുതും സ്വയം മരിച്ചിട്ടും മറ്റുള്ളവരെ കൊല്ലുക പറയുന്ന മനുഷ്യന്റെ ചിന്താഗതികൾ അതാണ് ആശയത്തെ ണുന്നു അത് പരവുമായ തത്വമായി കാണും അതിനെ അവർ ഉപാസിക്കും അങ്ങനെ ഒരു കൂട്ടർ അവരും തന്നെ അറിയുന്നില്ല തന്റെ സ്വരൂപത്തെ അറിയുന്നില്ല ഇനി ലോകത്ത് പല കാര്യങ്ങളും ഇതിനോടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പാതാവിധി പാദവിധ അങ്ങനെ ചിലര് പാദങ്ങളെന്ന് പറയുന്ന എന്താണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ജാഗ്രസ്വപ്ന സുശക്തി ചെല് പറയുന്ന എന്താണ് ഇത് തന്നെ ഇത് തന്നെ പരമാർത്ഥം ഈ കാണുന്നത് ഈ അനുഭവിക്കുന്നതും തന്നെ പരമാർത്ഥം ഇതിനപ്പുറം ഒരു പരമാർത്ഥമാണ് ഇത് കണ്ടും കേട്ടും അനുഭവിച്ചു തന്നെ ജീവിക്കുക പാദവിത്തുകൾ പാദങ്ങൾ ഉപാസിക്കുന്നവർ ഉറക്കത്തുപാസിക്കുന്നവരുമുണ്ട് ഉറക്കമാണ് പരമാർത്ഥം അതിനപ്പുറം മറ്റൊന്നുമില്ല അങ്ങനെ കരുതുന്നവരുണ്ട് സ്വപ്ന ജീവികളും നമ്മൾ പറയാറില്ല ജാഗ്രതയുടെ സ്വപ്നങ്ങളിലും മുഴുകിയിരിക്കുന്നവരുണ്ട് അപ്പൊ ജാഗ്രത സ്വപ്ന സുഹൃത്തികളിൽ തന്നെ അതിനപ്പുറം ഒന്നും ചിന്തിക്കുന്നു അത് കണ്ടും കേട്ടും അനുഭവിച്ച് അതിന് അതായി ജീവിക്കുന്നവര് വിഷയായി തദ്വിധ വിഷയങ്ങൾ ഉപാസിക്കുന്നവരുണ്ട് ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളായിരിക്കും ലോകം മുഴുവൻ വിഷയ ഉപാസകരാണ് ബാഹ്യമായി കാണുന്ന ഓരോരോ വിഷയങ്ങളിൽ മനസ്സ് മുഴുകി അവരവരുടെ വാസനക്കനുസരിച്ച് ആ വിഷയങ്ങൾ ഉപാസിച്ചു തന്നെ ജീവിക്കുന്നു മനുഷ്യൻ ആത്മാവിനെ വിസ്മരിച്ചുകൊണ്ട് നമ്മുടെ മനുഷ്യൻ ഏതേതെല്ലാം തരത്തിലുള്ള വിഷയങ്ങൾ സ്വീകരിച്ചാണ് ജീവിക്കുന്നത് മനസ്സിന് ശരീരത്തിനെല്ലാം സുഖത്ത് തരുന്ന വിഷയങ്ങൾ ആനന്ദത്തിനുള്ള ഉപായങ്ങൾ എന്തെല്ലാം എന്തെല്ലാം വിഷയങ്ങളെയാണ് എല്ലാം വിഷയങ്ങളാണ് നമ്മൾ കലാ സാഹിത്യം സംസ്കാരം എന്തെല്ലാം പറയുന്ന സർവ്വവും വിഷയങ്ങളാണ് ഈ വിഷയങ്ങളിലെല്ലാം തന്നെ മറന്ന് അതിന് മുഴുകി ജീവിക്കുന്ന എത്രയോ പേരുണ്ട് തദ്വിധ അങ്ങനെ ഉള്ള ആൾക്കാർ അതല്ല പരമാർത്ഥം ഒന്ന് ബോധിപ്പിക്കാൻ പറയുകയാണ് ലോക ലോകവിദ പുരാണത്തിലും മറ്റും ലോകങ്ങളെ കുറിച്ച് പറയുന്നു മഹാവ്യാഹൃതികൾ അതിനെ സൂചിപ്പിക്കുന്നു അതിന്റെ ഉപാസൻ വേദത്തിലും മറ്റും അങ്ങനെയുള്ള ഉപാസകന്മാരെ കുറിച്ച് പറയുന്നു ലോകവിത്തുക്കൾ ദേവ ഇതി തദ്വിധ ദേവന്മാരെയും ദേവതകളെ ഉപാസിക്കുന്നവർ ശിവൻ വിഷ്ണു ഇന്ദ്രൻ പാർവതി ലക്ഷ്മി ഭഗവതി ദുർഗ ഈ തരത്തിലുള്ള ദേവതകൾ അതാണ് പരമാർത്ഥം ദേവന്മാരെയും ദേവികളെ ഉപാസിക്കുന്നവർ അവിടെയും പരമാർത്ഥ തത്വത്തെ ഗ്രഹിക്കാറ് അങ്ങനെ പരമതത്വത്തെ ഗ്രഹിക്കാതെയുള്ള ഉപാസനകളെ പറയുകയാണ് ദ്വൈതബോധത്തിൽ നിന്നുകൊണ്ടുള്ള ഉപാസനകളെ കുറിച്ച് പറയുകയാണ് മനുഷ്യന്റെ മനസ്സിലൊക്കെയാണ് നിൽക്കുന്നത് പൊതുവെ സത്യത്തെ തെരയുന്ന ഒരു ബോധത്തിൽ പോലും ഇതിനൊക്കെയാണ് നിൽക്കുന്നത് ഈ കാൽപ്പനികങ്ങളായ രൂപങ്ങളിലും മറ്റുമാണ് അവരുടെ ശ്രദ്ധ പരമാർത്ഥത്തിലല്ല അതുകൊണ്ടാണ് ദേവന്മാരെ കുറിച്ച് പറയുന്നത് ദേവൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മനസ്സിലെ ചില ചിത്രങ്ങളാണ് ആരുടെയെങ്കിലും മനസ്സിൽ വരുന്ന ചിത്രങ്ങളാണ് ആ ചിത്രങ്ങളാണ് പരമാർത്ഥമെന്ന് കരുതി അതിനുപാസിക്കുന്നവർ ഇതൊന്നും പരമാർത്ഥമല്ല എന്ന് പറയുകയാണ് വേദായി ചിലർ വേദപാഠികം അവരെ സംബന്ധിച്ച് പരമാർത്ഥം വേദമാണ് അവര് നിരന്തരം വേദപാഠത്തിൽ മുഴുകിയിരിക്കുന്നു അതും കാണുന്നുണ്ട് അനേകം യജ്ഞായിച്ച തദ്ദേഹ യജ്ഞങ്ങൾ ഉപാസിക്കുന്നു നിരന്തരം അഗ്നിഹോത്രാദി യജ്ഞങ്ങൾ ഹോമങ്ങൾ ഈ അകങ്ങൾ ഇതിനെല്ലാം ഇങ്ങനെ മുഴുകിയിരിക്കുന്നു ഒരു കൂട്ടൻ പരമാർത്ഥത്തെ വിസ്മരിച്ച് ഇതിനെല്ലാം മുഴുകുമ്പോൾ എന്ത് സംഭവിക്കുന്നു ആത്മവിസ്മൃതി സംഭവിക്കുന്നു ഇതിലൂടെയൊന്നും ഇരിക്കുന്നു മോചന സാധ്യമല്ല എന്നാലും ഇതിലവർ നിർവൃതിയെ കാണുന്നു ഈ ഉപാസനകൾ ഭോക്തായുധിജോക്തൃവിധ ഒരുവൻ തന്നെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ പരമാവധി തന്റെ ആ ഭോക്തൃഭാവത്തിലെത്തിച്ചേരും ചിലര് ഇത് ഇതുവരെ പറഞ്ഞാൽ ബഹിർമുഖമായ ഉപാസനകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നു അന്തർമുഖമായ ഉപാസനായിക്കൊള്ളോട്ടെ അങ്ങനെ ഉപാസിച്ചാലും ഭോക്തൃതലത്തിലേ എത്തുള്ളൂ സാങ്ക്യന്മാരിലും മറ്റും ഒരു വിഭാഗം അങ്ങനെയാണ് കാണുന്നവൻ കേൾക്കുന്നവൻ അറിയുന്നവൻ അവനാണ് ഈ ഭോക്താവെന്ന് പറയുന്നത് അതീ ജീവനാണ് ജീവന്റെ ഒരു ഭാവമാണ് ഭോക്തൃത്വം ഫലഭോക്തൃത്വം എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവൻ സൂചിക്കുന്നവൻ ദുഃഖിക്കുന്നവൻ ആ ഒരു ഭാവത്തിലെത്തിയിട്ട് അതിനെ ഉപാസിക്കുന്നു ഇതാണ് പരമാത്മതത്വം ഇതാണ് പരമാർത്ഥം എന്നതിലിരിക്കും അപ്പൊ ഭോക്താവിന് വേണ്ടി അവനെല്ലാം ചെയ്യുന്നു ോക്താവിനെ നിലനിർത്താൻ ശ്രമിക്കുന്നു സാധാരണ സാധകന്മാരെല്ലാം ഈ ഭോക്തൃപാസകന്മാരാണ് അവരതുവരെ എത്തത്തുള്ളു ഭോക്തൃവിധ ഭോക്തൃപാസ താൻ ചെയ്യുന്ന ആർക്കു വേണ്ടി എനിക്ക് വേണ്ടി താനാരാണ് താൻ ചെയ്യുന്ന എന്റെ ഫലത്തെ അനുഭവിക്കുന്ന എന്ന് പറഞ്ഞ് എന്ത് ചെയ്താലും അത് ഭോക്തൃപാസന ആരുടെ മോക്ഷം എന്റെ മോക്ഷം എന്റെ മോക്ഷം എന്ന് പറയുന്നത് ഞാനാര് എന്റെ എല്ലാ പ്രവൃത്തിയുടെയും ഫലത്തെ അനുഭവിക്കുന്നു ഈ തരത്തിൽ തന്നെ കുറിച്ച് ധരിച്ചിട്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെയും ഫലം അനുഭവിക്കുന്നത് താൻ തന്നെയായിരിക്കും തന്റെ ഭോക്തൃഭാവം അവിടെ വിടുന്നില്ല ആ ഭോക്തൃഭാവത്തിൽ താൻ സ്വർഗ്ഗത്തിലോ നരകത്തിലോ പോകും അതും പരമാർത്ഥമല്ല ഭോജ്യമിതിന് തദ്വിത ചിലരങ്ങനെയല്ല ഭോജ്യമായിരിക്കുന്നതിന് തനിക്ക് സ്വീകാര്യമായിരിക്കുന്നതിന് തനിക്ക് അനുഭവയോഗ്യമായിരിക്കുന്ന സർവത്തെയും ഉപാസിക്കുന്നു അത് തനിക്ക് പ്രിയപ്പെട്ടതാണ് ഭോജ്യം എന്ന് പറയുമ്പോൾ ആഹാരം മാത്രമാണ് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ഗ്രഹിക്കുന്ന ഭോജ്യങ്ങളാണ് അതിനുപാസിക്കുന്നു അതിനാർജിക്കാൻ ശ്രമിക്കുന്നു അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു അതിനെ സൂക്ഷിക്കുന്നു അത് അനുഭവിക്കുന്നു അതുകൊണ്ട് അവന്റെ ശ്രദ്ധ മുഴുവൻ ഭോധ്യങ്ങളിലാണ് അങ്ങനെയുണ്ട് ഇതൊരു ഉപാസന എന്നുള്ള ഒരു വ്യക്തിയിൽ ഇത്തരം ഉപാസനകൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കുന്നു സത്യത്തെ അന്വേഷിക്കുന്നവൻ തന്നെ ആധ്യാത്മികമായി ചിന്തിക്കുന്നവൻ തന്നെ ഭോക്തൃഭാവത്തിലും ഭോജ്യഭാവത്തിലും എന്നാണ് അവന്റെ ഉപാസന തുടരുന്നത് സൂക്ഷ്മയിതി സൂക്ഷ്മിത ചിലർക്കെന്താണ് സൂക്ഷ്മമായ തത്വങ്ങളിലാണ് താൽപര്യം ജൈനന്മാരും മറ്റും സൂക്ഷ്മോപാസകന്മാരാണ് ആത്മതത്വത്തെക്കുറിച്ച് പറയുന്നത് എന്താണ് സ്ഥൂലം അനണു അനുസൂക്ഷ്മമായി കണ്ടിട്ടും കാര്യമില്ല സ്ഥൂലമായി കണ്ടിട്ടും കാര്യമില്ല നേരെ വിപരീതമായി സ്ഥൂലി സ്ഥൂലമായതിന് മാത്രമേ സ്വീകരിക്കൂ പറയാറുണ്ടല്ലോ എനിക്ക് അനുഭവപ്പെട്ടതെന്തോ അതേ ഞാൻ സ്വീകരിക്കത്തുള്ളൂ എനിക്ക് ബോധ്യപ്പെടുന്നതെന്തോ അതേ ഞാൻ സ്വീകരിക്കത്തുള്ളൂ എന്നുവെച്ചാൽ തന്റെ ബുദ്ധിക്ക് വെളിപ്പെടുന്നതും തന്റെ അനുഭവത്തിന് വിഷയമാകുന്നതും മാത്രമേ സത്യമുള്ളൂ എന്ന് കരുതിയിട്ടാണ് അതന്നെ എന്താണ് സ്ഥൂലങ്ങളാണ് അതുകൊണ്ട് അതിൽ തന്നെ ഉറച്ചു നീക്കുന്നവരുണ്ട് കുറച്ചുകൂടി സൂക്ഷ്മത്തിലേക്ക് അതിനെ സൂക്ഷ്മമായ പരമാണുവോ അല്ലെങ്കിൽ ആത്മാവ് സൂക്ഷ്മമായ ഒരു വസ്തുവാണെന്നോ ഈ പറയുന്നതിൽ എന്താണ് നമ്മുടെ മനസ്സിൽ നമ്മൾ പലപ്പോഴായി നമ്മൾ സ്വരൂപിച്ചിരിക്കുന്ന നമ്മുടെ ധാരണകളെ തിരുത്താൻ വേണ്ടി പറയാൻ ഇതൊന്നും പരമാർത്ഥമല്ല നിങ്ങളുടെ വാസ്തവ സ്വരൂപത്തെ നിങ്ങൾ സൂക്ഷ്മമായിട്ടോ സ്ഥൂലമായിട്ടോ ഭോക്താവായിട്ടോ ഭോജ്യമായിട്ടോ ഒന്നും കാണാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വേണ്ടാത്തതെന്തോ അതിനെ വേണ്ടാത്തതാണെന്ന് അറിയാതെ നമ്മൾ സ്വീകരിച്ചിരിക്കുകയാണ് അത് വേണ്ടാത്തതാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുകയാണ് എങ്ങനെയാണ് ഗുരുത്തൻ ഒരു മോഷ്ടാവ് അയാൾ മോഷ്ടിക്കുന്നത് അയാളുടെ ജോലിയാണ് അത് അധർമ്മമാണെന്ന് ബോധ്യം വരാതെ അയാൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അധർമ്മമാണെന്ന് അയാൾ ചിന്തിക്കുന്നില്ല ചിന്തിക്കാതെ അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതുപോലെ തന്നെ ആധ്യാത്മിക സാധനയിൽ ഒട്ടുമിക്ക ആൾക്കാരുടെയും അവസ്ഥ താൻ ചെയ്യുന്നത് വേണ്ടാത്തതാണെന്നറിയാതെ ചെയ്തുകൊണ്ടിരിക്കും പല ഉപാധികളിലൂടെയും അയാൾ സത്യമാണെന്ന് ധരിച്ച് അസത്യത്തെ ഉപാസിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് മൂർത്ത രീതി മൂർത്തവിത മൂർത്തൻ എന്ന് പറയുന്ന ഇവിടെ വ്യഖ്യാനിക്കും ശിവൻ പോലെയുള്ള തത്വങ്ങൾ നമ്മൾ കൽപ്പിച്ചിരിക്കുന്ന തത്വങ്ങൾ നമ്മളെ കൽപ്പനകളോടുകൂടി ചേർന്നിരിക്കുന്ന തത്വമായിട്ട് ശിവനെയും മറ്റു വാസിക്കുന്നു ശിവം എന്ന് പറയുന്നത് എന്താണ് ശാന്തം ശിവം അദ്വൈതം സർവകൽപ്പനാശൂന്യമാണ് ആരീതി ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട് കൃത്രിമമായ മനസിന്റെ കൽപ്പനകളിലൂടെ ഒന്നിനെ സൃഷ്ടിച്ചിട്ട് അതാണ് ശിവം എന്ന് കരുതുന്നു അത് രക്ഷിക്കത്തില്ല അമൂർത്തു തദ്വിധ ശൂന്യത്ത് സർവമൂർത്തമായ കൽപ്പനകളെയും വിട്ടിട്ട് ശൂന്യമാണെന്ന് കരുതുന്നു തന്റെ സ്വരൂപം എന്ന് പറയുമ്പോ അത് ശൂന്യമല്ല അതുകൊണ്ട് അമൂർത്തം എന്നുള്ള രീതിയിലുള്ള ഉപാസന അതും ശരിയല്ല കാലയുതി കാലവിധ ചിലർ കാലത്തെ ആശ്രയിക്കുന്നു എല്ലാം കാലം കൊണ്ട് സംഭവിക്കുന്നു കാലത്തിനുവേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നു ആത്മവിചാരം ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ ചെയ്യുന്നു പറയും എന്താണ് ഫലം ഉണ്ടാകുന്നതിന് അത് കാലം കൊണ്ട് ശരിയാകുമെന്ന് പറയും ഏതൊരു കാലത്തെ ആശ്രയിച്ച് കാലത്തിൽ ശരി ശരിയാകേണ്ടതാണെന്നുള്ള ഒരു പ്രതീക്ഷയിലിരിക്കും കാലത്ത് ഉപാസിക്കുകയാണ് ഇവിടെ പറയുന്ന എന്താണ് ത്രികാലാതീതമാണ് ഇന്ന് ഭൂതവർത്തമാന കാലങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല കാലങ്ങളോട് ബന്ധപ്പെടുത്തി നമ്മൾ ഈ തത്വത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് കാല ഉപാസകനായിട്ടും കാലത്തിന്റെ ഉപാസനയായി ഇവിടെ കാലത്തിന് സ്ഥാനമൊന്നുമില്ല കാലത്രയ അതീതമായി തന്നെ ഇതിനെ കാണും അതുകൊണ്ട് കാലത്തിലൂടെ ഇതിനെ അനുഭവിക്കാം നമ്മൾ നമ്മുടെ മനസ്സിന്റെ കേവലം മനസ്സിന്റെ സൃഷ്ടിയാണ് കാലബോധവും ദേശബോധവും അപ്പോൾ മനസ്സിന്റെ ഒരു ഭാഗമായിരിക്കുകയാണ് കാലദേശബോധം ഏതെങ്കിലും ഒരു കാലബോധത്തിലൂടെ സത്യത്തെ വിഗ്രഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് എന്താണ് ഭൂതം വർത്തമാനം ഭാവി എന്ന് പറയുന്ന ഈ കാലം ഇവിടെ തുല്യമാണ് ഒരു കാലത്തിലും സംഭവിക്കുന്ന ഒന്നല്ല സാക്ഷാത്കാരം അത് കാലാതീതമാണ് അവിടെ കാലമില്ല കാലത്തിനും കാലമാണ് കാലകാലം എന്നെല്ലാം പറയാറ് പറയുന്നു കാലം കാലത്തെ ആശ്രയിച്ചുള്ള ചിന്ത ഇവിടെ പറയുന്ന ജ്യോതിർവിധ കാലത്തെ ആശ്രയിച്ച് മോക്ഷം വരെ കാലം കൊണ്ട് കിട്ടുമെന്ന് പറയും അത് അബദ്ധമാണ് മോക്ഷം ഏതെങ്കിലും ഒരു കാലത്ത് ലഭിക്കേണ്ട ഒന്നല്ല ഭാവിയിൽ ലഭിക്കേണ്ട ഒന്നല്ല അത് വർത്തമാനത്തിനുമല്ല കാലാതീതമായി സംഭവിക്കേണ്ട ഒന്നാണ് കാലാതീതമായി നിലനിൽക്കുന്ന ഒന്നാണ് അത് അതുകൊണ്ട് കാല ഉപാസന അതുപോലെ ദേശീരിജ തദ്വിധ ദേശ ഉപാസന ഹിമാലയത്തിൽ പോയി ഹിമാലയത്തിൽ തന്നെ ഇരുന്നാലേ ശരിയാകൂ ഇന്ന തീർത്ഥത്തിൽ ഇരുന്നാലേ ശരിയാകൂ ഇന്ന ഗുഹയിലിരുന്നാലേ ശരിയാകൂ ഇന്ന ആശ്രമത്തിൽ താമസിച്ചാലേ മോശം കിട്ടൂ ദേശവിത്തുക്കൾ സാപേക്ഷമായ ഉപാധികളിലൂടെ തന്നെ തന്നെ സ്വയം കുരുക്കിയിടുക അതാണ് ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ആന്തരികമായ സ്വാതന്ത്ര്യം അവന് നഷ്ടപ്പെടുന്നു എന്നാണ് ഇത്തരം ധാരണകൾ മനസ്സിലിരുന്നു കഴിഞ്ഞു അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് പല ആശ്രമത്തിനും കഴിയുന്നവർ വിചാരിക്കുന്നത് ഈ ആശ്രമത്തിൽ കഴിയുന്നവർക്ക് മോക്ഷം അടുത്ത ആശ്രമത്തിൽ കഴിയുന്നവരും മോക്ഷമില്ല അവൻ നരകത്തിപ്പോ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ഞങ്ങളുടെ ആശ്രമം അത്രയും മെച്ചപ്പെട്ട ആശ്രമമാണ് കയറി കഴിഞ്ഞാൽ അവിടെ മോക്ഷം അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് പലരും ദേശം ദേശത്തെ ആശ്രയിച്ചു വരുന്ന ചിന്തകളാണ് മോക്ഷത്തിൽ കാലദേശങ്ങളൊന്നുമില്ല കാലദേശ അതീതമാണ് കാലദേശ അതീതമായിരിക്കുന്നതിൽ ഇന്ന കാലം ഇന്ന ദേശം അങ്ങനെ യാതൊരു പ്രാധാന്യവും അതുകൊണ്ടാണ് മഹത്വക്കൾക്ക് പ്രത്യേകിച്ച് പുണ്യസ്ഥാനമെന്നോ പാപസ്ഥാനമെന്നോ അങ്ങനെയൊന്നും അവർ ചെല്ലുന്നിടം തന്നെ പുണ്യം തീർത്ഥം അല്ലാതെ അവർക്ക് തീർത്ഥാടനത്തിന്റെ ആവശ്യമില്ല ഒരു തീർത്ഥത്തിൽ പ്രത്യേകിച്ച് പോകേണ്ട കാര്യം എന്തുകൊണ്ട് തീർത്ഥി കുറവന്തി പറയാൻ കേട്ടിട്ടില്ലേ അവർ ചെല്ലുന്നിടം തന്നെ തീർത്ഥമായി തീരുന്നു അപ്പൊ പ്രത്യേകിച്ചൊരു ഒന്നില്ല എന്നാലും ദേശത്ത് ഉപാസിക്കുന്ന കൊണ്ട് കാശിയും മരണ മോക്ഷ അങ്ങനെ ഒരു വിശ്വാസമുണ്ട് കാശിയിൽ മരിച്ചു കഴിഞ്ഞാൽ മോക്ഷ അതുകൊണ്ട് പലരും കാശിയിൽ പോയി മരിക്കും വിശ്വാസം നല്ലതാണ് വിശ്വാസത്തിനനുസരിച്ചുള്ള മോക്ഷം വന്നാലും ഉണ്ടാകും ചിലരങ്ങനെയല്ല മരിച്ചതിന് ശേഷം ആ ശവം കൊണ്ട് കാശിയിടണമെന്ന് പറയും ശവത്തിന് മോഷം കിട്ടാൻ വേണ്ടി അങ്ങനെ പറയുന്നവരുണ്ട് ജീവിച്ചിരിക്കുക എന്തായാലും എനിക്ക് മോശം കിട്ടില്ല എന്ന് ഉറപ്പാണ് അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ ശവമൊക്കെ മോഷം നേടിക്കോട്ടു ദേശ ഉപാസകന്മാര് ഇത് വിശ്വാസത്തിന്റെ കാര്യങ്ങളല്ല പറയുന്നത് വിശ്വാസം ഏതായാലും നല്ലതാണ് ഇത് ഉപാസകന്മാരെ കുറിച്ച് പറയുകയാണ് പരമാർത്ഥത്തെ വിസ്മരിച്ചുകൊണ്ട് ചെയ്യുന്ന ഉപാസനകളെ കുറിച്ച് വാദാഹിതിവാദം പലതരത്തിലുള്ള വാദങ്ങളുണ്ട് മന്ത്രവാദം ധാതുവാദം ഇതാണ് പരമാർത്ഥം എന്ന് കരുതി അത്തരം വാദങ്ങളിൽ മുഴുകിയിരിക്കുന്നവർ മന്ത്രോപാസനകളൊക്കെ ചെയ്ത് അതുകൊണ്ട് സിദ്ധികളുണ്ടാക്കി അങ്ങനെയുള്ള പലതരത്തിലുള്ള വാദസമ്പ്രദായങ്ങൾ അതിനുപാസിക്കുന്നവര് ഭുവനാനീതിച്ച തദ്വിധ പൗരാണികന്മാരുണ്ട് പതിനാല് ലോകങ്ങളെക്കുറിച്ചും മറ്റും പറയുന്നു അതിൽ ഭൂർഭുസ്വ ഇങ്ങനെ മേലോട്ട് താഴോട്ട് അതല്ല വിതരസതല രസാതല തടാതല പാതാള ഇങ്ങനെയൊക്കെ പറഞ്ഞ് താഴോട്ടുള്ള ലോകങ്ങൾ അവിടേക്കുള്ള പോക്കുവരുവുകളെക്കുറിച്ച് അതും ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ച് ഉപാസനകളെക്കുറിച്ച് ഇങ്ങനെ ഭുവന ഉപാസകന്മാർ കുറച്ചുകൂടി മനയിതി മനോവിധ ഇതെല്ലാം വേണ്ടാത്തതാണ് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് കാരണം ജീവന്മാർ കൂടുതൽ നിൽക്കുന്ന ഈ വേണ്ടാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് പറയുന്നു മന ഇതി മനോവിധ മനസ്സിന് ഉപാസിക്കുന്നവരുണ്ട് അതാണ് പരമാർത്ഥി മനസ്സിനപ്പുറമൊന്നുമില്ല കാരണം മനസ്സിലൂടെയാണ് എല്ലാം അറിയുന്നത് മനസ്സിലാണ് ജ്ഞാനവും അജ്ഞാനവും എല്ലാം മനസ്സിലാണ് ബന്ധവും മോക്ഷവും എല്ലാം അതുകൊണ്ട് മനസ്സാണ് മുഖ്യം എന്നു കരുതി മനസ്സിന് ഉപാസിക്കുന്നവരുണ്ട് ഇതെല്ലാം ഇവിടെ സർവത്ര തന്നിൽ നിന്ന് അന്യമാക്കിയാണ് എല്ലാത്തിനും ഉപാസിക്കുന്നത് അവസാനം ഇതൊക്കെ പറഞ്ഞോ പറയുന്നതാണ് ഇതിനെല്ലാം താനായി തന്നെ കണ്ടു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഉപാസനം ഈ പറഞ്ഞ ഒന്നും നിഷേധിക്കേണ്ട കാര്യം ആത്മീയവേദം സർവം എന്നുള്ള രീതിയിൽ ഇതിനെല്ലാം താനായി കാണാം ഈ പറഞ്ഞ സർവത്തെ എന്നാൽ അവിടെ നിഷേധിക്കാനൊന്നുമില്ല അന്യമായി കാണുകയാണെങ്കിലോ നേതി നേതി ഇതൊന്നുമല്ല ഉപാസന മനസ്സല്ല ഭൂതങ്ങളല്ല വാദമല്ല കാലമല്ല ദേശമല്ല രണ്ടു തരത്തിലും ഇതിനെ മനസ്സിലാക്കാം ബുദ്ധി രീതിച്ച തദ്വിത ബുദ്ധിയാണെന്ന് പറഞ്ഞ് അതിന് ഉപാസിക്കുന്നു സാങ്കന്മാരിലും മറ്റും വിഭാഗക്കാരുണ്ട് ചാർവാകന്മാരുണ്ട് ബുദ്ധി ഉപാസിക്കുന്നവർ ബുദ്ധിയുള്ളവനാണ് ഇവിടെ എല്ലാം നേടുന്നത് ബുദ്ധിയുള്ളവനാണ് ജയിക്കുന്നത് ബുദ്ധിയുള്ളവനാണ് ഈ ലോകത്തെ കീഴടകുന്നത് ലോകത്തിൽ യശസ്സും ധനവും സ്ഥാനുമെല്ലാം ബുദ്ധിയുള്ളവന്റെ കയ്യിലായിരിക്കുന്നത് ബുദ്ധിയുപാസിക്കുക ബുദ്ധിമാനായിത്തീരുക ചിത്തമിതിയ ചിത്തവിതഹ ചാർവകന്മാരും മറ്റുമാണ് കാരണം ഉപാസനക്കൊക്കെ നമ്മൾ എന്തിനെ ആശ്രയിക്കുന്നത് നമ്മുടെ സ്മരണയാണ് ഒരു പറയുന്നു മന്ത്രം ഉപാസിക്കുമ്പോ എന്ത് ചെയ്യുന്നു ആ മന്ത്രത്തെ സ്മരിക്കുന്നു സ്മരണയ്ക്കാണ് പ്രാധാന്യം അതിനാണ് ചിത്തം എന്ന് പറയുന്നത് അതുകൊണ്ട് ചിന്തിച്ചത് അവൻ മനസ്സിലാക്കുന്നു സ്മരണയാണ് സർവ്വ സാധനങ്ങളെയും മുമ്പോട്ട് നയിക്കുന്നത് സത്സംഗം ശ്രമിക്കുന്നു എന്നിട്ട് അതിനെ സ്മരിച്ചാൽ അതിൽ നിൽക്കാൻ പറ്റും ശ്രവിക്കുന്നതിൽ കൂടുതൽ പ്രാധാന്യം സ്മരിക്കുന്നതിനാണ് എന്നാലേ അതിന് തുടരാൻ പറ്റും അപ്പൊ ആ സ്മരണയ്ക്കാണ് പ്രാധാന്യം ധർമാധർമ്മ തദ്വിധ ചല്ല് പറയുന്നു അതല്ല ധർമാധർമ്മങ്ങളാണ് അതാണ് ധർമാധർമ്മങ്ങളെ വേർതിരിച്ചറിഞ്ഞ് ധർമ്മത്തെ മാത്രം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞ് ധർമാനുഷ്ഠാനത്തിൽ ധർമാനുഷ്ഠാന വ്യഗ്രതയിൽ ധർമ്മത്തെ മാത്രം അനുഷ്ഠിക്കാൻ അതുപാസനായിട്ട് എടുക്കുന്നു അതിനൊക്കെ നിഷേധിക്കുന്ന എന്താ ധർമ്മം അനുഷ്ഠിക്കുന്നത് വേണ്ടെന്നാണോ ധർമ്മം അനുഷ്ഠിക്കുന്ന വേണ്ടെന്നല്ല ഇവിടെ ഈ പറയുന്ന ഒന്നും വേണ്ടെന്നല്ല പറയുന്നു പക്ഷെ അതൊന്നും പരമാർത്ഥമല്ല ധർമ്മം ഏതാണെന്ന് തിരിച്ചറിയാൻ പലപ്പോഴും കഴിയാതെ വരും കാലദേശങ്ങൾക്കനുസരിച്ച് ധർമ്മം മാറിപ്പോകുന്നു അപ്പൊ ധർമ്മോപാസകൻ എങ്ങനെ ധർമ്മത്തിൽ വർഷനിൽക്കാൻ പറ്റും ധർമ്മത്തെ തിരിച്ചറിയുക തന്നെ പ്രയാസം സാമാന്യധർമ്മങ്ങളെ അറിയാം മനുഷ്യന് പക്ഷെ വിശേഷധർമ്മങ്ങളെ അറിയാൻ പറ്റത്തില്ല സാമാന്യധർമ്മം എന്ന് പറയുമ്പോൾ സത്യം അഹിംസ ഇതിനെ തത്വങ്ങളായി നമുക്ക് ഗ്രഹിക്കാം ഇതൊക്കെ മനുഷ്യന്റെ സ്വീകരിക്കേണ്ട കാര്യങ്ങളാണ് അസ്ഥേയും അപരിഗ്രഹം ഇതൊക്കെ ധർമ്മങ്ങളായി സാമാന്യധർമ്മങ്ങളായി തത്വങ്ങളായി ഗ്രഹിക്കാം പക്ഷെ വിശേഷിച്ച് ഇത് സത്യമാണോ അസത്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ മനസ്സ് വിഷമിച്ചു ധർമ്മത്തിലൊരാൾ പുറച്ചു നിൽക്കാൻ പ്രയാസമാണ് എന്തുകൊണ്ട് കാലദേശങ്ങൾ അനുസരിച്ച് എന്താണ് ധർമ്മം എന്താണ് ധർമ്മമല്ലാത്തതെന്ന് വേര് തിരിച്ചറിഞ്ഞ് ധർമ്മത്തെ ഉപാസിക്കാൻ പ്രയാസമാണ് പഞ്ചവിംശകൈത്യേകയെ ഇരുപത്തഞ്ച് തത്വങ്ങളുണ്ടെന്ന് പറയുന്ന സാങ്ക്യന്മാരും മറ്റ് പ്രകൃതി പുരുഷൻ അഹന്തത്വം മഹത്വത്വം ഇന്ദ്രിയങ്ങള് ഭൂതങ്ങള് വിഷയങ്ങൾ മനസ്സ് ഇങ്ങനെ ഇരുപത്തഞ്ച് തത്വങ്ങൾ അതിനുപാസിക്കുന്നവരുണ്ട് ഷഡ്വിംശതിജാപരേ ഇരുപത്തി ആറ് അതിനോട് ഈശ്വരനെയും കൂടെ ചേർത്ത് പാതഞ്ജലന്മാരും മറ്റും ഉപാസിക്കുന്നു ഏകത്രിംശൈവന്മാരും മറ്റും അതിനോട് കുറച്ചുകൂടി ചേർത്തു മുപ്പത്തൊന്ന് തത്വങ്ങൾ ഉപദേശിക്കുന്നു മുപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് തൊണ്ണൂറ്റാറ് ഇങ്ങനെ പോകും അങ്ങനെ ഉപാസിക്കുന്നവർ ഉണ്ട് അനന്തയിതി ചാപ്പരി അനന്തമായ തത്വങ്ങൾ ഉപാസിക്കുന്നു തത്വങ്ങൾ അനന്തമാണ് എണ്ണമില്ല അതുകൊണ്ട് അനന്തമായ തത്വം അനന്ത ഭാവനയിൽ ഉപാസിക്കുക അനന്തതയെ ഉപാസിക്കുന്നു എന്നും മറ്റും പറയുകയോ എന്താ അനന്ത ഉപാസിക്കുന്ന മോശമാണോ എന്ന് ചോദിക്കും അനന്തത എന്ന് പറയുമ്പോൾ എന്തായി തന്റെ മനസ്സിന്റെ ഭാവന തന്റെ മനസ്സിന്റെ ഭാവന എന്ന് പറയുമ്പോൾ അത് തന്നയമായി തന്നെ വിട്ടുള്ള അനന്തതയെ ഉപാസിച്ചാൽ പോയി പ്രയോജനമില്ല താൻ സ്വയം അനന്തനാണെങ്കിൽ എന്ന് ധരിച്ചു കഴിഞ്ഞാൽ ശരി ലോകാൻ ലോകവിത്ത ലോകത്തെ തന്നെ ഉപാസിക്കുന്നു ലൗകികന്മാരെ ഈ കാണുന്നൊക്കെ തന്നെ തത്വം ഇതിനപ്പുറ തത്വമൊന്നുമില്ല പറയാനുണ്ടല്ലോ തിന്നുക കുടിക്കുക രമിക്കുക മരിക്കുക ഇത് തന്നെ ഇതിനപ്പുറം ഒന്നുമില്ല ലോകവിത്തുക്കൾ ഇവരെന്തൊക്കെ സമ്പാദിക്കാമോ അതൊക്കെ സമ്പാദിച്ച് സൂക്ഷിക്കാമെന്ന് വരുന്നവരാണ് ലോകവിത്തുക്കൾ അതുകൊണ്ട് പലതരത്തിലുള്ള ചിന്താഗതികൾ ഏതെല്ലാം തരത്തിലും മനുഷ്യന് ചിന്താഗതികൾ വരാമോ അത് പരമാർത്ഥത്തെ ബോധിക്കുകയാണ് ഇതല്ല ആശ്രമമായത് തദ്വിധ ആശ്രമങ്ങൾക്കാണ് ബ്രഹ്മജ്ഞ ആശ്രമം അതിലഭിമാനിക്കുക ഗർഭസ്ഥി ആശ്രമം അതിലെ ധർമ്മങ്ങൾ അതിലഭിമാനിക്കുക സന്യാസാശ്രമം അതാണ് എന്ന് വരുന്നത് ആശ്രമത്തിൽ നിഷ്ഠ തത്വത്തിലല്ല ഇതൊക്കെ ഒരാശ്രമത്തിലെത്തിച്ചേരുന്ന എന്തോ ഒരു വലിയ മഹാകാരി സാധിച്ചതുപോലെയാണ് അതിന്റെ പൂജ്യ അപൂജ്യതകളിൽ ശ്രേഷ്ഠമാണ് അങ്ങനെ കരുതുക മറ്റാശ്രമം മോശമാണ് എന്ന് കരുതുക ബ്രഹ്മചാരി വിചാരിക്കാൻ ഗൃഹസ്ഥനെക്കാളും ശ്രേഷ്ഠനാണ് അങ്ങനെ കരുതുക ഗൃഹസ്ഥൻ വിചാരിക്കഞ്ഞാൽ മറ്റുള്ളവരെക്കാളും ശ്രേഷ്ഠനാണ് ആശ്രമത്തിൽ സന്യാസി വിചാരിക്കും തനിക്കും മേളിന് ആരുമില്ല അവിടെ ആശ്രമത്തിലാണ് അത് പൂജ്യമാണ് ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞ ആശ്രമത്തിന്റെ നിഷ്ഠകളും ജീവിക്കുക അവിടെയും എന്തു ചെയ്യുന്നു അതെല്ലാം ബാഹ്യമാണ് കൃത്രിമമാണ് എല്ലാം തന്റെ മനസ്സിൽ ഏച്ചു കെട്ടിയിരിക്കുന്ന കാര്യങ്ങളാണ് തുലീയനൻ ആശ്രമമാണ് ഒരാശ്രമവുമില്ല എന്നാലും വ്യർത്ഥമായി ഇതിലൊക്കെ അഭിമാനിച്ചിട്ട് ഇതായത് തന്നെ മഹത്വം എന്ന് കരുത് ഇത്രയായല്ലോ ഇതാണ് മഹത്വം എന്ന് പറയുന്നു എന്നിട്ട് അതിനെ ഉപാസിക്കുന്നു പലരും അതാത് ആശ്രമങ്ങളാണ് ആശ്രമങ്ങളിലുള്ള ധർമ്മങ്ങളെയാണ് ഉപാസിക്കുന്നത് തന്റെ സ്വരൂപത്തെ അവിടെയും വിസ്മരിക്കുന്നു എന്നറിയാം അങ്ങനെ കുറച്ചാൾക്കാർ സ്ത്രീ ഇപ്പം നമുക്ക ലൈങ്കന്മാരെന്ന് പറയുന്ന വയ്യാകരണന്മാരും മറ്റും ഭാഷ അവരുപാസിക്കുന്നു ഭാഷയുടെ നിയമങ്ങൾ അതിനോടൊപ്പം ശ്രീ ഗും നപുംസകം അങ്ങനെ ഉപാസിക്കുന്നുണ്ട് അങ്ങനെയുണ്ടല്ലോ ഭാഷ ഉപാസിക്കുന്നവരും അവരും പരമാർത്ഥത്തെ വിസ്മരിക്കുന്നു പര അപരം അഥാപരെ ഏകമായിരിക്കുന്ന ആ തത്വത്തെ പരമായും അപരമായും ഉപാസിക്കുന്നു പരവും അവരവും എന്നുള്ള ഭാവത്തിൽ വരാൻ പാടില്ല ഏകഭാവത്തിൽ വരണം പക്ഷെ പരവും അപരവുമായി ഉപാസിക്കുന്നു പരബ്രഹ്മ അപരബ്രഹ്മെന്നെല്ലാം പറയുന്നുണ്ട് സൃഷ്ടിരതി സൃഷ്ടിവിധോ ലയഇ തദ്വിധ സ്ഥിതി രീതി സ്ഥിതിവിധ സൃഷ്ടിസ്ഥിതിലയങ്ങൾ ഉപാസിക്കുന്നുണ്ട് സൃഷ്ടിസ്ഥിതിലയങ്ങൾ സൃഷ്ടിസ്ഥിതിലയ കർത്താക്കൾ അവരേക്ക് ഉപാസിക്കുക ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അവസാനമില്ല ഇവരെല്ലാം താൻ എന്തിനാണോ സ്വീകരിച്ചിരിക്കുന്നത് അതാണ് പരമാർത്ഥമെന്ന് കരുതി ഉപാസിക്കുന്നത് ഉപാസന എന്ന് പറയുമ്പോൾ അതാത് തരത്തിൽ അതിനുള്ള നിഷ്ഠ അതിനുള്ള വിശ്വാസം അതിനുള്ള ആചാരങ്ങൾ അതിനുള്ള അറിവ് എല്ലാം വരും അതിൽ തന്നെ ഇവരെണ് ഉറച്ചിരിക്കുന്നു ഇത് വേണ്ടാത്ത കാര്യങ്ങളാണ് ഇവിടെ ഇതുവരെ പറഞ്ഞതിന്റെ ആവശ്യമുള്ള കാര്യങ്ങൾ മനുഷ്യൻ ഇന്ന ഇന്ന തരത്തിലാണോ എന്നിത് പറയുന്ന എന്തിനാണോ അവനത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ താൻ ചെയ്യുന്ന പ്രവൃത്തി ഇതിലൊക്കെ പെടുന്നതാണെങ്കിൽ ഇതിലൊന്നോ അല്ലെങ്കിൽ ഇത് കൂട്ടായിട്ടോ വരാം ഇതല്ല പരമാർത്ഥം എന്ന് അവൻ സ്വയം ബോധിക്കൂ തന്നെ പരമാർത്ഥമായും ബോധിക്കുക മറ്റുള്ളതൊന്നും പരമാർത്ഥമല്ല എന്ന് ബോധിക്കുക അതിനുവേണ്ടിട്ടാണ് ഈ ഭാഗങ്ങളെല്ലാം ഭാഷകാലം ശരിക്കും വ്യഖ്യാനിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് തുടങ്ങിയതാണ് പ്രാണരി പ്രാണവിധ പ്രാണപ്രാജ്ഞൻ ബീജാത്മ എന്ന് പറഞ്ഞു അഹിരണ്യഗീർഭൻ സർവത്തിനും ബീജമായിരിക്കുന്നവൻ അവിടെ തുടങ്ങി തത് കാര്യഭേദാഹ ഇതര സ്ഥിതി എന്താ സ്ഥിതിവരെ പറഞ്ഞ എന്താണോ ആ ബീജസ്വരൂപനായിരിക്കുന്ന അന്തര്യാമിയുടെ കാര്യങ്ങളാണ് അതിന്റെ എല്ലാ ആത്മനിഷ്ഠ കൂടാതെ അന്തർമുഖമല്ലാതെയുള്ള ഉപാസന അന്വേഷിച്ച സർവേ ലൗകിക്കാഹ സർവപ്രാണി പരികൽപിത ഭേദ രജ്വാമിവ സർപ്പാദേഹ ഈ സർവവും എന്താണോ ജീവന്റെ കൽപ്പനകളാണ് കല്പിത ഭേദങ്ങളാണിത് ഇതെല്ലാം തന്നിൽ നിന്ന് അന്യമായി കണ്ട് ഉള്ള ഉപാസനകളാണ് രജ്വാമിവസർപ്പാദേഹം ഈ ഭേദശൂന്യമായിരിക്കുന്നതാണ് തന്റെ സ്വരൂപം ആത്മസ്വരൂപ അനിശ്ചയഹേതു തന്റെ സ്വരൂപം നിശ്ചയമില്ലാത്തത് കൊണ്ടാണ് അവിദ്യയാൽപിത അവിദ്യ കൊണ്ട് കൽപ്പിക്കപ്പെട്ട ഭേദങ്ങളെയാണ് യുവാസിക്കുന്നതല്ല പരമാർത്ഥത്തെയല്ല തന്റെ സ്വരൂപം എന്തെന്ന് നിശ്ചയമില്ലാത്തതുകൊണ്ട് ആ വിദ്യകൊണ്ട് കൽപ്പിക്കുക താൻ തന്നെ കൽപ്പിച്ച ഭേദങ്ങളെ കല്പിതമാണെന്ന് തിരിച്ചറിയാതെ പരമാർത്ഥമായി ഉപാസിക്കുന്നു ഇത് പിണ്ഡീകൃതവും ഇതിന്റെ ചുരുക്കത്തിലുള്ള അർത്ഥം ശ്ലോകാനാം ഇതുവരെയുള്ള ശ്ലോകങ്ങൾ അങ്ങനെ മനസ്സിലാക്കണം അതുകൊണ്ട് അതിന് വിശദീകരിക്കുന്നത് പ്രത്യേകം പദാർത്ഥ വിവ്യാഖ്യാനെ ഫൽഗു പദാർത്ഥ വ്യാഖ്യാനം ഇതിന്റെ പദാർത്ഥ വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല കാരണം ഇത് സ്പഷ്ടമാണ് കാര്യങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് അതിനെ കൂടുതൽ ബോധ്യപ്പെടുത്തേണ്ട കാര്യം നിഷേധിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് ഭൽഗു എന്ന് വെച്ചാൽ അല്പപ്രയോജനമുള്ളതാണ് വ്യാഖ്യാനങ്ങൾക്ക് യത്ന കൃത്യ അതുകൊണ്ട് ഇതിനുവേണ്ടി കൂടുതൽ പരിശ്രമം കൂടെ ചെയ്തിട്ടില്ല ഇരുപത് മുതൽ ഇരുപത്തി വരെയുള്ള കാര്യങ്ങളെ നിഷേധിക്കേണ്ട കാര്യങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത് അത് ഓരോരുത്തർക്കും അനുഭവമുള്ള കാര്യങ്ങളാണ് അതിനെ ഓർമ്മിപ്പിക്കുന്നു എന്നേ ഉള്ളൂ ഇത് ഒന്നോ അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ചേർന്നോ ഉള്ള ഉപാസനകളിലാണ് സർവരും ഒഴുകിയിരിക്കുന്നത് അവിടെയെല്ലാം സ്വരൂപ വിസ്മൃതി സംഭവിച്ചുള്ള ഉപാസനകളാണ് ഈ പറയുന്നത് അതെല്ലാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് Indonesia is running from his mental health. 2008illah of the world is running from high那個 doona. 2001итай comes from high level. 2001it subscriber comes from high level. enhayas is running from high level. 2001it whisky comes from high level. ൂർത്ത <tallan> ോ തധ പച്ചവിശക ഷ്ടാപരെ ഏകത്രിംശനന്താ ലോകവിധാഹു ആശ്രമ തദ്ധ സ്ത്രീപുണ്മം സഗം ല സൃഷ്ടിരി സൃഷ്ടിവിയലിരി പറയുന്നുേഹത്ത് ഇഹ് സർവരും ഈ പരമാത്മ തത്വത്തിന് സ്ഥിതി ചെയ്തുകൊണ്ടാണ് സർവകാലത്തിലും ഈ സർവപ്രകാരത്തിലുമുള്ള ഉപാസനകൾ നിർവഹിക്കുന്നത് വാസവത്തിൽ അവന്റെ സ്വരൂപത്തിന് അവനെന്തുപാസിച്ചാലും ശരി അവന്റെ സ്വരൂപത്തിന് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല ജീവനിലാണ് ബന്ധമോക്ഷങ്ങളെല്ലാം സംഭവിക്കുന്നത് സ്വസ്വരൂപത്തിൽ ബാധിക്കുന്നതിനൊന്നും ശേഷിയില്ല അതുകൊണ്ട് ഇത് രണ്ടു തരത്തിലെടുക്കാം ഒരുവൻ എന്തു തന്നെ ഉപാസനയിൽ ഇരുന്നോള്ളട്ടെ പരമാർത്ഥത്തിൽ അവനെ ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല അതാണ് ആ തത്വത്തെ നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് ഒരുതരത്തിൽ മറ്റൊരു തരത്തിൽ ഒരുവൻ ഇത്തരം നാനാതരത്തിലുള്ള ഉപാസനകളിൽ മുഴുകിയിരിക്കുമ്പോൾ അവന്റെ പരമാർത്ഥ തത്വം അവന് ബോധിക്കാൻ കഴിയുന്നില്ല ഈ രണ്ടു കാര്യങ്ങളൂടെ പറയുന്നു മായാകൽപ്പിതമായിരിക്കുന്ന ഇതൊന്നിനും ആത്മാവിന്റെ സ്വരൂപസ്ഥിതിയെ ഭഞ്ജിക്കുന്നതിന് ശേഷി അവൻ്റെ ഒരുവൻ ഏതുപാസനയിലോ മുഴുകിയിരിക്കട്ടെ അവന്റെ പരമാർത്ഥത്തെ ഇതൊന്നും ബാധിക്കുന്നില്ല ആ പരമാർത്ഥത്തെ ബാധിച്ചില്ലെങ്കിലും അവൻ ജീവഭാവത്തിലിരുന്നു കൊണ്ട് ഈ സംസാരത്തിൽ അകപ്പെട്ടിരിക്കുന്നതായി സ്വയം ധരിച്ചിരിക്കുന്നു ഇത്തരം ഉപാസനകളും മുഴുകിയിട്ട് ആ ഉപാസന മുഴുകിയിരിക്കുന്നവനും ആ പരമാത്മസ്വരൂപം തന്നെ അപ്പോൾ പരമാത്മ തലത്തിൽ നോക്കുമ്പോൾ അവൻ ഉപാസിക്കുകയോ ഉപാസിക്കാതിരിക്കുകയോ ചെയ്യട്ടെ വ്യത്യാസമൊന്നും ആ പരമാത്മ സ്വരൂപം തന്നെ ഇനി ഉപാസന ചെയ്യുമ്പോൾ അവൻ തന്റെ സ്വരൂപത്തെ വിസ്മരിച്ചാലോ അവൻ ആ അവൻ സംസാരികമായി തന്നെ തുടരുന്നു ആ കാരണം കൊണ്ടുതന്നെ അതാണ് ഇവിടെ പ്രചരിക്കുന്നത് സർവീജേഹത്ത് സർവതാ നിങ്ങൾ എന്ത് ചെയ്താലും ശരി എന്ത് സാധനം അനുഷ്ഠിച്ചാലും ശരി എന്തെല്ലാം സാധ്യങ്ങൾ നേടിയാലും ശരി അതൊന്നും നിങ്ങളുടെ പരമാർത്ഥത്തെ ബാധിക്കുന്ന കാര്യങ്ങളല്ല അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് ആ പരമാർത്ഥത്തെ ബോധിക്കുക ബാഹ്യമായി എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല എന്നുള്ളതിലൂടെ ഒന്നും പ്രാധാന്യമുണ്ട് പരമാർത്ഥത്തെ ബോധിക്കാൻ ോധിക്കുക എന്നുള്ളതാണ് മുഖ്യം ഈ പറയുന്ന ഏതെങ്കിലും ഉപാസനകൾ അവനെ ആ പരമാർത്ഥത്തിലെത്തിക്കുമെങ്കിൽ അതിലെന്തെങ്കിലും പരമാർത്ഥത്തിലെത്തുന്നതിനുള്ള വഴിയുണ്ടെങ്കിൽ ആ ഉപാസനയാകാം അത് അവനെ ആ പരമാർത്ഥത്തിൽ നിന്ന് അകറ്റുന്നതാണെങ്കിൽ ആ ഉപാസന നിഷ്പ്രയോജനമാണ് ഇവിടെ ഇന്നത് നിങ്ങൾ ചെയ്യണം ഇന്നത് നിങ്ങൾ ചെയ്യേണ്ട എന്നല്ല പറയുന്നു നിങ്ങളുടെ പരമാർത്ഥം ഇന്നതാണെന്ന് ബോധിപ്പിക്കുകയാണ് അപ്പോൾ ഈ മറ്റുപറയുന്ന ഉപാസനകൾ ഓരോന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ഉപാസനകൾക്കെല്ലാം ന്യൂനതകളുണ്ട് അത് സ്ഥൂലമായാലും ശരി സൂക്ഷ്മമായാലും ശരി അതിനപ്പുറമാണ് പരമാർത്ഥം താനാ പരമാർത്ഥമാണെന്ന് ബോധിച്ചിരിക്കുക അത് മാത്രമാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത് അങ്ങനെ അടുത്ത് വിശദീകരിക്കുന്നു ഇംഭാവം ദർശത് യം ഭാവം സതു പശ്യത്തി സൂപ്പസം ഉപൈതിഹുനീന അന്യതമുക്തം അനുക്തം വാവം പദാർത്ഥം ദർശത് യ ആചാര്യോ അന്യോ വേ ത സാവം ആത്മഭൂതം പശ്യതി അയമഹം മേതി വം സ ഭാവോ അതിർിത ഭാവ ഭൂക്ഷതി പ്രാണദി ഉപാസനങ്ങളാണ് പ്രാണലിനെ തുടങ്ങി സ്ഥിതി വരെയുള്ള ഉപാസനങ്ങൾ ഉക്തമനുക്തം വീ ഇതുപോലെ പറയാനുള്ള അനേക ഉപാസനകളുണ്ട് പലതിനെയും ആൾക്കാർ ഉപാസിക്കുന്നുണ്ട് എം ഭാവം പദാർത്ഥം ദർശയ ഓരോരുത്തർ പറയുകയാണ് പറയുന്നത് കേട്ട് ആണ് ഓരോരുത്തർ അതിന്റെ പിന്നാലെ പോകുന്നത് ഒരാൾ പറയുന്നത് ഈ കാണുന്നതേ സത്യമുള്ളൂ എന്നൊരാൾ പറയുമ്പോ കേൾക്കുന്നു തോന്നുന്നു ഈ പറഞ്ഞതാണ് ശരി അയാൾ അത് അതാണ് സത്യമെന്ന് അയാൾ കരുതുന്നു അത് സത്യം എന്ന് കരുതി പിന്നീട് വരുന്ന അയാളുടെ ചിന്തകളും പ്രവർത്തനങ്ങളും എല്ലാം ആ സത്യത്തെ സംബന്ധിച്ചുള്ള അയാളുടെ ഉപാസനയായി മാറി ഭൌതികവാദം എന്നൊക്കെ പറയുന്നത് ഒരു ഉപാസനയാണ് ഒരാൾ ബോധിപ്പിച്ചു ഈ ഭൗതികമായിട്ടുള്ളത് സത് അതാണ് ഇവിടെ പറഞ്ഞത് ഭൂതങ്ങളാണ് സത്യം ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ചിന്തയിലും പ്രവർത്തിയിലും എല്ലാം ആ തത്വം അയാൾ അതിന്റെ ഉപാസകനായി ദർശയൻ അങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ ഇതമേവെന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ സത്വം ഭാവം ആത്മഭൂതം അമനന്തയുന്നു അതാണ് സർവമെന്ന് കരുതുന്നു എന്നു കരുതി ഞാൻ ഉപാസിക്കുന്നു അതെങ്ങനെ കരുതാം ചില സമയത്ത് അയമഹമിതി വ പ്രാണനാണ് എന്ന് പറയുമ്പോൾ പ്രാണനാണ് താനെന്ന് കരുതുന്നു വളന്ന് പറയുമ്പോൾ ഇവ എന്റതാണെന്ന് കരുതുന്നു ഏതു തരത്തിലായാലും ശരി അതിനവൻ ഉപാസിക്കുന്നു സ്വഭാവോ അവധി ഉപാസിക്കുന്നവനെ അത് രക്ഷിക്കുന്നു ഉപാസന കാരണം അവിടെ രക്ഷിക്കാന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് അവന്റെ ശ്രദ്ധയെ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വേട്തിരിച്ച് അതിൽ ഉറപ്പിക്കുന്നു അതിലൂടെ എന്ത് ഫലമാണോ അവൻ ആഗ്രഹിക്കുന്ന ഫലത്തെ നൽകുന്നു ആ അവനെ അത് പുഷ്ടിപ്പെടുത്തുന്നു യോദർശിത ഭാവോ അസവഭൂത്വ രക്ഷവി ഏതൊരു ഭാവത്തെയാണോ അവനെ കാട്ടിക്കൊടുത്തത് അവനതിന് ഉപാസിച്ച് അതായിത്തീരുന്നു അങ്ങനെ ആ ഭാവം അവനെ രക്ഷിക്കുന്നു സ്വീന സർവതഹ നിരുണബ്ധി അവൻ മറ്റുള്ളതിൽ നിന്നെല്ലാം പിന്തിരിയുന്നു ഏതാണോ ഒരുവന് ബോധ്യപ്പെട്ടത് അവൻ അതിനെ സ്വീകരിക്കുന്നു ബാക്കിയുള്ളതിനെല്ലാം തിരസ്കരിക്കുന്നു അതിലവന് നിഷ്ഠ വരുന്നു എന്നർത്ഥം തസ്മിൻ ഗ്രഹ തദ്ഭിനിവേശം ഇതമേവത്വം അവന്റെ ഉള്ളിൽ അതിനോടൊരു അഭിനിവേശം ഉണ്ടാകും ഒരാൾ ഏതിനാണ് ഉപാസിക്കുന്നത് അതിനൊരു അഭിനിവേശം താത്പര്യമുണ്ടാകുന്നു ഇതാണ് പരമാർത്ഥം എന്ന് അവൻ ധരിക്കുന്നു സത്ം ഗ്രഹീതാരോപേതി സത്സ്യാത്മഭാവം നികച്ചതി അവൻ അതായി തീരുന്നു അവൻ എന്തിനെയാണ് ഉപാസിക്കുന്നത് അത് അവനായി തന്നെ തീരുന്നു എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ മനസ്സിലാക്കാം എന്താ ഒന്നെന്താണ് ഏതുപാസനയായാലും ശരി ആ ഉപാസനയിലൂടെ അവൻ പരമാർത്ഥത്തെ തന്നെയാണ് ഉപാസിക്കുന്നത് എന്തുകൊണ്ട് ഇതെല്ലാം പരമാർത്ഥത്തിന്റെ ഭാവങ്ങളാണ് ഒന്നിനെയും ഇവിടെ തിരസ്കരിക്കാനില്ല ആത്യന്തികമായി അവൻ അവിടെ തന്നെ എത്തിച്ചേരും ആത്യന്തികമായിട്ട് പക്ഷെ ആ തത്വത്തെ അവൻ ഗ്രഹിച്ചിരിക്കുന്നു ഒന്നിൻ്റെ തന്നെ വിഭിന്ന ഭാവങ്ങളാണ് ഈ കാണുന്നതല്ല അതാണ് ആത്മീയവേദം സർവം എന്ന് വരുമ്പോൾ ഇവിടെ ഒന്നിനെയും നിഷേധിക്കാനില്ല ഒന്നിനെയും ശരിയെന്നോ തെറ്റെന്നോ പറയാനില്ല അവന്റെ എല്ലാ ഉപാസനകളിലും എല്ലാ അനുഷ്ഠാനങ്ങളിലും എല്ലാം അവൻ പ്രാപിക്കുന്ന ഒന്നിനെ തന്നെ പക്ഷെ അത് എവിടെ പത്മീവേദം സർവ എന്നുള്ള ഭാവത്തിലേ ഉള്ളൂ മറിച്ചാണെങ്കിലോ നേരി നേരി ഇതിനെല്ലാം നിഷേധിക്കേണ്ടി വരും ഇതൊന്നും അല്ല പരമാർത്ഥമെന്ന് ബോധിപ്പിക്കേണ്ടി വരും ആ രണ്ടു തരത്തിലും ഇവിടെ മനസ്സിലാക്കാം ആ രണ്ടു തരത്തിലും മനസ്സിലാക്കുന്നതിനാണ് അടുത്ത് പറയുന്ന മൂഢന്മാരെന്നും വിദ്വാന്മാരെന്നും ആത്മീയവേദം സർവെന്നുള്ള ബോധത്തിലാണെങ്കിലും അവൻ ഒന്നിനെയും അവന് നിഷേധിക്കേണ്ടതായിട്ടില്ല അല്ല നാനാത്ത ബോധത്തിലാണെങ്കിലും അവൻ മൂഢനാണ് അപ്പം അവൻ ഇതിനേക്ക് നിഷേധിക്കേണ്ടി വരും ആത്യന്തികമായ എന്താണ് ആത്മനിഷ്ഠയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്വരൂപ ബോധമാണ് ഉദ്ദേശിക്കുന്നത് അത് നേതി നേതി എന്നുള്ള രീതിയിലുമാകാം ആത്മീയവേദം എന്നുള്ള രീതിയിലുമാകാം സർവത്തെയും നിഷേധിച്ചുകൊണ്ടുമാകാം ഒന്നിനെയും നിഷേധിക്കാതെയാകാം അത് ഇതിൽ നിന്നും മനസ്സിലാക്കാം ഏതൊരു ഉപാസന ആയാലും ശരി അതിന്റെ ഏതെങ്കിലും ഒരു അംശങ്ങളിൽ നല്ല വശങ്ങൾ കാണും ആ ഉപാസന അവനെ കുറെ മുന്നോട്ട് കൊണ്ടുപോകും ശരിയായ രീതിയിലല്ലെങ്കിൽ അതിന്റെ ദോഷങ്ങൾ അവന് ദോഷഫലത്തെ കൊടുക്കും പക്ഷെ നന്മയില്ലാതിരിക്കത്തില്ല നന്മ തിന്മകളുടെ ഏറ്റക്കുറച്ചിലേക്കാണ് ഏതൊരു ഉപാസനയ്ക്കായാലും മനസ്സിന്റെ ഏകാഗ്രത വേണം അപ്പോൾ മനസ്സിന്റെ ഏകാഗ്രത എന്നുള്ളവനെല്ലാ ഉപാസനകൾക്കും ഗുണമുണ്ട് പക്ഷെ അത് ദോഷഫലത്തെ ഉണ്ടാകുന്നത് അവന് തിന്മയെ കൊടുക്കും ഗുണഫലത്തെ ഉണ്ടാക്കുന്നവന് നന്മയെ കൊടുക്കുമെന്നുള്ള വ്യത്യാസം അതുകൊണ്ടിവിടെ ഏത് ശരി ഏത് തെറ്റെന്ന് തന്നെ പറയുന്നു ആത്മബോധത്തിൽ നിന്നുകൊണ്ട് വേണം എന്തു അനുഷ്ഠിക്കാനെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് ആത്മബോധത്തിൽ നിന്നുകൊണ്ട് എന്താണോ ആവശ്യമുള്ള അത് ചെയ്യുക അതായിരിക്കും വിവേകി സ്വീകരിക്കുന്നത് അക്കാര്യമാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് ദർശ്ത് യം സുപതി തധിസഭൂസോ തൈതി തേശോപൃഥദ്േ പൃഥക്േതിലക്ഷിത ിതേ പ്രാണാതിവ സർപ്പാതിൽപേരക്ഷിതോ അഭിരക്ഷിതോ നിശ്ചിതോ മൂടേ ഇവിടെ പറഞ്ഞ പ്രാണൻ മുതൽ സ്ഥിതി വരെയുള്ള ഈ ഭാവങ്ങൾ എന്തിനാണല്ലോ ഉപാസിക്കുന്നത് ത്രാണാദിപിർ ആത്മനോ അപൃതക് ഭാവേഹി ഇത് വാസ്തവത്തിലെന്താണ് ഇതെല്ലാം തന്നിൽ നിന്ന് അന്യമല്ലാത്തവയാണ് തന്റെ തന്നെ വിഭിന്ന ഭാവങ്ങളാണ് യേശാത്മാ രുചി സർപ്പാദി വികൽപനാരൂപേഹി ഇതെന്താണ് കല്പനകൾ കൊണ്ട് തന്നെ അന്യമായി തോന്നുകയാണ് പൃഥക് ക്ഷിത അഭിരക്ഷിത നിശ്ചിത ഇതെല്ലാം വേറെയാണെന്ന് കണ്ട് ഉപാസിക്കുന്നത് മൂഢത വാസ്തവത്തിന് ഇതൊന്നും പ്രാണൻ തുടങ്ങി ഈ ഉപാസനയ്ക്ക് വിഷയമായിരിക്കുന്ന ഒന്നും തന്നെ വിവേകികളെ സംബന്ധിച്ചിടത്തോളം തന്നെ അന്യമല്ല അവൻ സർവത്തെയും താനായി തന്നെ കാണുന്നു അതിനപ്പുറം അവന് ഉപാസനയുടെ ആവശ്യമില്ല അതാണ് പറഞ്ഞു വരുന്നത് സർവത്തെയും താനായി കാണുന്നവനും പിന്നെ എന്താ ഉപാസ വേറെ ഏതിനും ഉപാസിക്കാനാണ് മറ്റൊന്നും ഉപാസനയ്ക്കായി ശേഷിക്കുന്നില്ല പിന്നെ ആരാണത് ഉപാസിക്കുന്നത് മൂഠന്മാര് അവരെന്ത് ചെയ്യുന്നു അബർദ്ധക്കായിരിക്കുന്നവയെ വേറെയായി കണ്ടുകൊണ്ട് അതിനുപാസിക്കുന്നു അതാണ് മൂഢത അതാണ് വിവേകനാന് രജ്വാമിവ കത്തിയഹത്മബ്യതിരേഖ പ്രാണാദേഹ സന്ധി അഭിപ്രായം വിവേകിയെ സംബന്ധിച്ചിടത്തോളം ഉപാസ്യമായിരിക്കുന്ന പ്രാണാദികളൊന്നും തന്നിൽ നിന്ന് അന്യമല്ല ഇതം സർവം യഥയം ആത്മാതി ശ്രുതി ശ്രുതി അതാണ് പറയുന്നത് ഇതെല്ലാം ആത്മ സ്വരൂപം തന്നെ തന്റെ സ്വരൂപം തന്നെ ഇതെല്ലാം സ്വരൂപമാണെന്ന് ബോധിച്ചവരുവന് മറ്റു ഒരു തരത്തിലുള്ള ഉപാസനകളുടെയും ആവശ്യമില്ല എന്നാണ് പറയുന്നത് അത് ബോധിച്ചാൽ ഏവം ആത്മം വ്യതിരേഖീണ അസത്വം രജി സർപ്പവത് ആത്മനെ കൽപ്പിതാനാണ് അപ്പോ പരമമായ ഉപാസന എന്ന് പറയുന്നത് എന്താണ് ആത്മവ്യതിരേഖീണ അസത്വം തന്നിൽ കൽപ്പിച്ചിരിക്കുന്ന ഇത് തന്നിൽ നിന്ന് അന്യമായി കണ്ടാൽ നെയ്തിഷേധിക്കുക താനായി കണ്ടുകഴിഞ്ഞാൽ നിഷേധിക്കാനൊന്നുമില്ല ഇത്രയേ ഉള്ളൂ താനാണെങ്കിലോ കേവലം നിർവികൽപ്പം യോ വേദ തന്റെ സ്വരൂപത്തെ നിർവികൽപമായി അറിയുന്നു തത്വന്ന് ശ്രുതിതഹ യുക്തി തഥാർത്ഥമായി അറിയുന്നു ശ്രുതിയിലൂടെയും യുക്തിയിലൂടെയും ിത അവനെ സംബന്ധിച്ചിടത്തോളം ശങ്കകളില്ല അതിനുപാസിക്കണമോ ഇതിനുപാസിക്കണമോ ഏതുപാസനയിലൂടെ പോയാലാണ് ശരിയാകുന്നത് ഇത്തരത്തിലുള്ള ആശങ്കകൾ അവന്റെ മനസ്സിലില്ല വേദാർത്ഥം വിഭാഗത അവൻ വേദാർത്ഥത്തെ വേർതിരിച്ചവൻ അറിയുന്നു ഏതാണ് സ്വീകരിക്കേണ്ടത് ഏതാണ് തിരിക്കേണ്ടത് അതവൻ വേർതിരിച്ചറിയുന്നു അഭിസങ്കിതമേവം പരം വാക്യം അതോ അന്യപരം വേദത്തിൽ പല കാര്യങ്ങളെക്കുറിച്ചും പറയും പലതരത്തിലുള്ള ഉപാസനകളെക്കുറിച്ചും വേദത്തിൽ തന്നെ പറയുന്നു പക്ഷെ അതിൽ നിന്ന് അവൻ എന്ത് ചെയ്യുന്നു തന്റെ വിവേകം കൊണ്ട് ഇതിന്റെ താല്പര്യം ഇന്നതാണ് അന്യതിന്റെ താല്പര്യം അന്നതാണെന്ന് അവൻ ധരിക്കുന്നു അനധ്യാത്മ വേദാർത്ഥ തത്വം ുംപര്യത്തെ മനസ്സിലാക്കണമെങ്കിൽ അവൻ ആത്മവിത്തായിരിക്കണം ആത്മബോധമുള്ളവന് മാത്രമേ വേദ താൽപര്യത്തെ മനസ്സിലാക്കാൻ പറ്റൂ അത് മനുവിന്റെ വചനമാണ് വേദാർത്ഥതും അനാത്മവിഞ്ചിത് ക്രിയാഫല ഉപാശ്രിത ഹനാത്മവിത് കഞ്ചിത്രിയാഫല വാശുമതി ആത്മബോധം ഉണ്ടാത്തവനൊരിക്കലും ക്രിയാഫലത്തെയും കർമ്മഫലത്തെയും അവൻ പ്രാപിക്കുന്നില്ല ഇത് മാനവം വചനം മനു ആ കാര്യം പറഞ്ഞിട്ടുണ്ട് ക്രിയാഫലത്തെ പ്രാപിക്കുന്നതിനും ആത്മബോധം ആവശ്യമാണ് എന്നവിടെ പറയുന്നതിന് താല്പര്യം എന്താണ് ശരീരത്തിൽ നിന്നും ഭിന്നമായിരിക്കുന്ന ഒരാത്മാവിനെ ധരിച്ചാലേ കർമ്മശേഷം ആത്മാവ് കർമ്മഫലത്തെ പ്രാപിക്കുന്നു എന്നുള്ള ബോധം ഉണ്ടാകത്തുള്ളൂ കർമ്മകാണ്ഡത്തിനു വേണ്ടി അപ്പൊ കർമ്മകാന്ഡത്തെ സംബന്ധിച്ചുള്ള ബോധത്തിനും ആത്മബോധം ആവശ്യമാണ് ഇനി സർവക്രിയാഫലങ്ങളിൽ നിന്നും മോചിക്കുന്നതിനും ആത്മബോധം ആവശ്യമാണ് അവിടെ ഇത് ആത്മാവിലുള്ള കല്പനകളാണെന്നറിയും രണ്ടു രീതിയിലായാലും ശരി വേദ താൽപ്പര്യത്തെ മനസ്സിലാകുന്നത് എന്നുവെച്ചാൽ വേദത്തിന്റെ പൂർവ്വകാന്ഡത്തെയും ഉത്തരകാണ്ഡത്തെയും മനസ്സിലാക്കണമെങ്കിൽ അവിടെ ആത്മബോധം കൂടിയേ തീരും പൂർണമായ ആത്മബോധം ഉത്തരകാണ്ഡത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് അവന് മറ്റുപാസനകളുടെയൊന്നും ആവശ്യമല്ല പൂർവകാന്ഡത്തിൽ നിന്ന് ആത്മബോധ ഉണ്ടാകുന്നവൻ കർമ്മത്തിനും ഉപാസനുമൊക്കെ പോകുന്നു അങ്ങനെ അവന് ആന്തരികമായ ശുദ്ധി വന്നുകഴിഞ്ഞ് ഉത്തരകാണ്ഡത്തിൽ നിന്ന് അവൻ ശരിയായ ആത്മബോധത്തെ അവന് പിന്നീട് ഉപാസനയുടെ ഒന്നും ആവശ്യമില്ല കർമ്മത്തിന്റെയും ആവശ്യമില്ല അതാണ് കൂടെ പറയുന്നത് അവൻ നിസ്സങ്കനായി യാതൊരു സംഘങ്ങളും കൂടാതെ പരമാർത്ഥത്തെ ബോധിക്കുന്നു അതുകൊണ്ട് ഇത്തരം ഉപാസനകളുടെ നിലയെക്കുറിച്ച് പറയുകയാണ് ഉപാസനകളെ പടം നിഷേധിക്കുക അതിനാണ് വേദത്തെ കൂടി കൊണ്ടുപോകുന്നത് ഉപാസന ആവശ്യമുള്ളവർക്കതാകാം പക്ഷെ പരമാർത്ഥത്തെ ബോധിക്കുന്നവന് ഉപാസനയുടെ ആവശ്യമില്ല അതാണ് ഇവിടെ പറയുന്നത് ജീവഭാവത്തിൽ നിൽക്കുന്നവന് ഉപാസനകളൊക്കെ ആകാം കർമ്മങ്ങളുമാകാം അതിന്റെയൊക്കെ ഫലത്തെ അവന് സ്വീകരിക്കാം അതിനും വേദം പ്രമാണമാണ് ആ ജീവഭാവത്തെ വിട്ടവന് തന്റെ സ്വരൂപത്തെ ബോധിച്ചവന് കർമ്മത്തിന്റെ ഉപാസനയുടെ ആവശ്യമില്ല അവൻ ആത്മനിഷ്ഠനായി തന്നെ ഇരിക്കുന്നു പക്ഭാവേ പൃഥക്േതിലക്ഷിത്യ വേദ തോ വിശിത്